എല്ലാറ്റിനും നമ്മുടേതായിട്ടുള്ള അജ്ഞാനത്തിൽ നിന്നുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ ഇതൊക്കെ എന്താണ് ദുഷ്ടബുദ്ധിയുടെ ലക്ഷണങ്ങൾ എന്താണ് ഇതിന് പറയുന്നത് ദുർമേധ ഈ ദുർമേധ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ദുഷ്ടബുദ്ധി എന്ന് കേൾക്കുമ്പം സാധാരണ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ജീവജാലങ്ങളെ കൊല്ലലും ഈ എന്താ പറയുക ഈ ക്രൂരനായിട്ടുള്ള മുഖം അങ്ങനെയൊക്കെയാണ് എല്ലാവരെയും എന്താ എല്ലാറ്റിനെയും സംശയിക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ദുഷ്ടബുദ്ധി എന്ന് പറയുമ്പോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അങ്ങനെയാ കണ്ണൊക്കെ അങ്ങനെ ചകന്നുകൊണ്ട് ഇതങ്ങനെയൊന്നുമല്ല നല്ല സുന്ദര കുട്ടപ്പനായിരിക്കും അതെ മുല്ല സെക്യൂരിറ്റിയുടെ ജോലിക്ക് വേണ്ടി പോയിരുന്നു സെക്യൂരിറ്റിയിലേക്ക് ആളെ എടുക്കണം എന്ന് പറഞ്ഞപ്പോ അപ്പൊ മുല്ല ചെന്നു അപ്പൊ അയാള് നോക്കിയ സമയത്ത് മുല്ലയെ സെക്യൂരിറ്റിക്ക് പറ്റില്ലാന്ന് പറയാം കാരണം ഒരു സൗമ്യനായിട്ടുള്ള മുഖം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയുള്ള ആളെയല്ല എനിക്ക് വേണ്ട പിന്നെ എങ്ങനെയാണ് അതായത് ആരെ കണ്ടാലും സംശയിക്കണം അങ്ങനെ സംശയത്തോടുകൂടി നോക്കണം എന്നാൽ ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു വരാറുണ്ട് ഈ ജോലി അവർക്ക് പറ്റുക ആരെ കണ്ടാലും അവരെ അങ്ങനെയാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഈ ദുർമേ ദുർമേധ എന്ന് ദുഷ്ടബുദ്ധി എന്ന് പറയുമ്പം ജീവജാലങ്ങളെ കൊല്ലുക ഏത് നേരം കത്തി കടാര എന്താ കടാര അരയിൽ വെച്ച് നടക്കുക ഏത് നേ എന്താ പറയുക എപ്പോഴും ജയിലിൽ കയറി ഇറങ്ങുക ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് മാത്രമല്ല അവർ അവരുടെ എന്തോ എന്താ പറയുക ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു അത് വേറെ ഇതുണ്ടല്ലോ ഇത് വളരെ അപകടമായിട്ടുള്ള ഒന്നാണ് ഇതിനെക്കുറിച്ച് ആരും അങ്ങനെ ദുഷ്ടബുദ്ധി എന്നൊക്കെ പറയും അയ്യോ ഞാൻ അങ്ങനെയല്ല സ്വാമി ഞാൻ ഒരു ജീവിയെ കൊല്ലാറില്ല പക്ഷേ ഇജ്ജാതി വികാര വിചാരങ്ങൾ എന്നിലെമ്പാടുണ്ട് മതി എന്ന് പറയാ ധാരാളം എനിക്ക് എല്ലാറ്റിനും എന്റേതായിട്ടുള്ള ഒരു വ്യാഖ്യാനമുണ്ട് അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ അവർക്കെന്താ ഇങ്ങനെ എല്ലാറ്റിനും എനിക്ക് ഉത്തരവുണ്ട് എന്റേതായിട്ടുള്ള ഉത്തരം ഇതിനെയൊക്കെയാണ് ഇവിടെ എന്ത് പറയുന്നത് ദുർമേധ യയാ യാതന്നുകൊണ്ട് അതെന്തുണ്ടാവും ഈ ദുർമയെ ഈ ദുർമയെ ഈ ദുഷ്ടബുദ്ധി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തര ബലം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ പ്രകടമാവുന്നത് ഉറക്കം ഉറക്ക ഇല്ലായ്മയാണോ അല്ല നല്ലവണ്ണം ഉറക്കം പിന്നെ ഉറക്കമില്ലായ്മ രണ്ടും ഉണ്ടാവും കുറച്ചുകാലം വളരെ ഗംഭീരമായിട്ടുള്ള ഉറക്കമായിരിക്കും പിന്നെയോ ചിലപ്പോൾ ഉറക്കം തന്നെ കിട്ടില്ല ഉറക്കം അതുപോലെ ഭയം എപ്പോഴും ഭയമാണ് ഉള്ളിൽ ഭയം ഉണ്ടാവും ശോകം ദുഃഖം വിഷാദം മനസ്സിനെ ക്ഷീണിപ്പിക്കുക ഇത്യാദികളൊക്കെ ന വിമുഞ്ചതി വിടുന്നില്ല എന്ന് പറയാം ഇതൊന്നും വിടുന്നില്ല ഇതിനെയൊന്നും ഉപേക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ഇതൊന്നും വിട്ടുപോകുന്നില്ല ഇതൊന്നും നമ്മിൽ നിന്ന് വിട്ടുപോയിട്ടില്ല നമ്മൾ ഏത് വകുപ്പിൽ പെടുന്നു എന്ന് പറയുക നമ്മളെങ്ങനെ വകുപ്പ് തിരിക്കുക ആ വകുപ്പിന് രക്ഷപ്പെടണമെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി എന്ന് പറയാം ധൃതി താമസിവ ആ ധൃതി താമസി തന്നെ എന്ന് അറിഞ്ഞുകൊള്ളൂ തുടർന്ന് ത്രിവിധം ശൃണു മേ ഭരമത്തെ യത്ര ദുഃഖാന്തം ചതി സുഖം തും ത്രിവിധം ശൃണു മേ ഹേ ഭരദർഷ അഭ്യാസാദ്ഗച്ച അല്ലയോ അർജുന ഹേ ഭരദർഷ യത്ര എത്ര എന്ന് പറഞ്ഞാൽ യാതൊന്നിൽ നിന്ന് ആ യാതൊന്നിൽ നിന്ന് അഭ്യാസാദ് അഭ്യാസം പരിശീലനം ആവർത്തിച്ചുള്ള പരിശീലനം പന്ത്രണ്ടാം അധ്യായത്തില് ശബ്ദം വന്നിട്ടുള്ള അഭ്യാസാത് ആവർത്തിച്ചുള്ള പരിശീലനം ആവർത്തിച്ചുള്ള പരിശീലനത്തിന് രാമകൃഷ്ണദേവനോ മറ്റോ പറയുന്ന വേദാന്തത്തിലെ ഒരു എന്താ ആ വളരെ പണ്ടുകാലം പറഞ്ഞു പോന്നിട്ടുള്ള കഥയുണ്ട് ഒരാൾക്ക് ഭൂതത്തിന് കിട്ടുന്നത് ആ ഭൂതം എന്ത് ജോലിയും ചെയ്യും ഒരാൾക്കൊരു ഭൂതത്തെ കിട്ടിയിന്നാ അപ്പോൾ ഭൂതം എന്ത് ജോലിയും ചെയ്യും പക്ഷേ ഭൂതത്തിന് ജോലിയില്ലാതെ ഇരിക്കാൻ പറ്റില്ല ജോലിയില്ലാതെ വന്നാൽ ഭൂതം ആ യജമാനെ പിടിച്ച് തിന്നുന്ന അപ്പം ഇയാൾ ഓരോ ജോലി കൊടുത്തു ഇയാൾ പറഞ്ഞു കിണർ കുഴിക്കാൻ ഉടനെ ഭൂതം കിണർ ഒഴിച്ചു അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു ഭൂതം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇതൊക്കെ ചെയ്തു എന്നാ പക്ഷേ ജോലി പിന്നെ ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോഴേക്കും ഭൂതം ഇയാളെ പിടിക്കാൻ പിടിക്കാൻ വരുമ്പം ഇയാൾ ഭൂത ഭൂതം ഭൂതത്തെ ആരാണോ ഇദ്ദേഹത്തിന് കൊടുത്തത് അവിടേക്ക് ഓടിച്ചെന്നാ രക്ഷിക്കണം ഇതിനെങ്ങനെങ്കിലും എടുക്കണം എന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാ ഇവന് ജോലി ഇല്ലാത്തപ്പം എന്താ ചെയ്യേണ്ടത് ഇവനെ വലിയൊരു ഒരു പോസ്റ്റ് ഒരു വലിയ തൂണ് ഉണ്ടാക്കിയിട്ട് ആ തൂണിൽ അവനോട് തന്നെ പറയാം ഒരു തൂണ് ഉണ്ടാക്കുക നന്നായി പോളിഷ് ചെയ്യാൻ പറയാം എന്നിട്ട് അതിൻ്റെ മുകളിലെ എണ്ണ ഒഴിക്കാൻ പറയാം എന്നിട്ട് അടിയിൽ നിന്ന് കയറിക്കോളാൻ പറയാം അപ്പങ്ങനെ മുകളിലേക്ക് കയറുമ്പോൾ അവൻ താഴേക്ക് ഇങ്ങനെ വരും ആവശ്യത്തിന് ഇട വിടവാന്ന് പറയാം എന്നിട്ട് വിളിക്കുക രാമശദേവൻ പറയുന്ന ഒരു കഥയാണ് ഈ ഭൂതത്തെ വിളിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നത് പോലെ എല്ലാ ജോലികളും ചെയ്യുക പിന്നെയോ ഈ കയറ്റി ഇറക്കൽ എന്താണ് ഞാൻ അതാകുന്നു എന്ന ആ ചിന്തകളും നന്നായിട്ടുണ്ടാവട്ടെ അഭ്യാസം എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ മനസ്സ് വഴുതുന്നുവോ വീണ്ടും വിളിച്ചു കൊണ്ടുവന്ന് അഹം ബ്രഹ്മാസ്മി ഇത്യാദി മഹാവാക്യങ്ങളുടെ ശ്രവണവും അതിൻ്റെ മനനവും അതിൻ്റെ നിതിധ്യാസനവും ഇതാണ് അഭ്യാസം ഓ ഒരിക്കൽ കഴിഞ്ഞു പിന്നെ ഇനി ഞാൻ നന്നാവും തോന്നില്ല ആവർത്തിച്ചുള്ള പരിശീലനം എന്ന് പറഞ്ഞാ അഭ്യാസാത് അപ്പൊ പരിശീലനം കൊണ്ട് ഇവിടെ പറയുന്നു എത്ര അഭ്യാസാത് യാതൊന്നിൽ പരിശീലനം കൊണ്ട് രമതേ രമതേ എന്ന് പറഞ്ഞാൽ രമിക്കുകയും ദുഃഖാന്തം നികച്ചതി ദുഃഖാവസാനത്തെ പ്രാപിക്കുകയും ചെയ്യുന്നുവോ സുഖം ത്രിവിധം അത് മൂന്ന് പ്രകാരത്തിലുണ്ട് എല്ലാം ഭഗവാൻ ഒരു മൂന്നിന്റെ ചേരുവയാണ് അത് മൂന്ന് പ്രകാരത്തിലുണ്ട് ഇതാനീൻ ഇപ്പോൾ തന്നെ അധികം വൈകണ്ടാന്ന് പറഞ്ഞാൽ ഇതാനീൻ ഇപ്പോൾ മേ എന്റെ അടുക്കൽ നിന്ന് ശൃണ് നീ കേട്ടാൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം മൂന്ന് വിധത്തിലുള്ള എന്താ ദുഃഖ ദുഃഖം അവസാനിപ്പിക്കുന്ന ഏർപ്പാട് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഭഗവാൻ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ ആദ്യം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് യദഗ്രേ വിഷമിവൃതോപമം തത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദം ഇവ പരിണാമേ അമൃതോപമം ുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധിം പ്രസാദജം ഇത് പണ്ടുള്ളവർ പറയാറുള്ളതാ എപ്പോഴും എന്താണ് യത് യാതൊന്ന് അഗ്രേ അഗ്രേ എന്ന് പറഞ്ഞാൽ ആദ്യം മുൻപേ വിഷം ഇവ വിഷമെന്ന പോലെ പിന്നെയോ പരിണാമേ പരിണാമത്തിൽ ഒടുവിൽ അവസാനം അമൃതോപമം അമൃതം പോലെയും ഇരിക്കുന്നുവോ ആത്മബുദ്ധി പ്രസാദജം ആത്മാവിന്റെയും ബുദ്ധിയുടെയും പ്രസാദത്തിന് പ്രസാദത്തിൽ നിന്നുണ്ടാകുന്ന പ്രസാദം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ജനിക്കുന്ന എന്നാണ് തത് സുഖം ആ സുഖം സാത്വികം പ്രോക്തം അത് സാത്വികം എന്ന് പറയുന്നു പറയില്ലേ പണ്ടുള്ളവര് ആദ്യം കഴിക്കും പിന്നെ ഇത് ഈ കഷായത്തിന്റെയൊക്കെ ഏർപ്പാടാണ് ഷായം കുടിക്കുന്നത് അത്ര സുഖകരമല്ല പക്ഷേ അത് ശുഭകരമായിട്ടുള്ള ഒന്നാണ് പിന്നീട് ഐസ്ക്രീമൊക്കെ ഒരുപാട് കഴിക്കുന്നതോ അത് സുഖകരമാണ് പക്ഷെ പിന്നീട് അത് ദുഃഖകരമാണ് പറയാം അപ്പൊ ആരംഭത്തിൽ ദുഃഖമായിട്ടും പിന്നീട് സുഖമായിട്ടും ഭവിക്കുന്നത് അത് സാത്വികമാണ് ഇത് എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ വന്നിരിക്കുക അല്ലെങ്കിൽ ഇത് കേൾക്കുക എന്നുള്ളതിൽ തന്നെ ഉണ്ടല്ലോ അപ്പം നമ്മുടെ ഈ ഒരു കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഇല്ലേ വരാനും ബസ് കയറാനും അല്ലെങ്കിൽ ഇവിടെ ഇവിടെ വന്ന് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ കേട്ടോ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ ഈ ശാസ്ത്രത്തിൽ നിന്ന് അങ്ങനെയൊരു നേട്ടമില്ലേ ഈ ശാസ്ത്രം നമ്മളെ അനുഗ്രഹിക്കുന്നില്ലേ ഇല്ലേ അപ്പം കുറച്ചൊരു പ്രയാസമുണ്ടെങ്കിലും ചിലപ്പോ നമ്മൾ വിചാരിക്കും മതി ഇനി ഇവിടെ പോയി വെറുതെ ഈ കസാര ദിവസം ഉണ്ട് ഈ അടി അടി മതി ഇനി നാളെ മുതൽ ഞാനൊന്നിനും ഇല്ല പക്ഷേ നാളെ വന്നു കഴിഞ്ഞാലും വീണ്ടും ഉണ്ടല്ലോ അല്ലേ എന്താണത് തൽക്കാലം ഉണ്ടെങ്കിലും പിന്നീട് അതില് നമുക്കൊരു സുഖം കിട്ടും അത് സാത്വി സാത്വികി എന്ന് പറയുന്നു ഇതാണ് ഒന്നാമത്തെ കാര്യം തുടർന്ന് ഭഗവാൻ പറയുന്നു വിഷയേന്ദ്രിയ സംയോഗ അഗ്രേ അമൃപമം പരിണാമ വിഷം ഇവ തത്സുഖം രാജസം സ്മൃതം വിഷയേന്ദ്രി സംയോ വിഷയങ്ങളുടെയും ഇന്ദ്രിങ്ങളുടെയും സംയോഗം ചേർച്ച േതുവായി യത് തത് അഗ്രേ യാത് യത് എന്ന് പറഞ്ഞാൽ യാതൊരു സുഖം തത് അഗ്രേ അത് ആദ്യം മുൻപില് അമൃതോപമം അമൃതം പോലെയും ആരംഭത്തിൽ ഗംഭീരം എന്ന് തോന്നുന്നതും പരിണാമേ അവസാനത്തില് വിഷം ഇവ അത് നമുക്ക് ദുഃഖകരമായി ഇരിക്കുന്നതുമായിരിക്കുന്നത് തത് സുഖം രാജസം സ്മൃതം അത് രാജസമായിട്ടുള്ളതാണ് താമസത്തിൻ്റെതെന്താണ് അത് വളരെ രസമായിരിക്കും എന്ന് പറയാം യേചാബന്ധേ സുഖം മോഹനമാത്മനസമുദാ യത് അഗ്രേ ച അനുബന്ധേ സുഖം മോഹനമാത്മന നിദ്രാല പ്രമോ പ്രമാദോത്തം തത് താമസം ഉദാഹൃതം പറയണു യത് സുഖം യാതൊരു സുഖം നിദ്രാലസ്യ പ്രമാദോത്വം നിദ്ര ആലസ്യം പ്രമാദം ഇതിൽ നിന്നുണ്ടായിട്ടുള്ള അഗ്രേ അനുബന്ധേ മുമ്പിലും പിന്നീടും പിന്നത്തെ ഫലത്തിലും അവസാനമായിട്ടും ആത്മനഹ മോഹനം ആത്മാവിന് മോഹമുണ്ടാക്കുന്നതായിട്ടുള്ള തത്സുഖം താമസം അതിൻ്റെ ആരംഭവും മോഹമാണ് എന്താ അവസാനവും മോഹമാണ് അത് മോഹത്തിൽ തന്നെയാണെന്ന് പറയാം ഈ കേട്ടിട്ടുള്ള ഒരു തമാശ അതായത് ഈ എന്താ ഈ അജ്ഞാനത്തില് അങ്ങനെയൊക്കെയാണെന്നാ പറയുന്നത് ഈ വിവാഹത്തിന് എന്താ വിവാ വിവാഹത്തില് വിവാഹം കഴിഞ്ഞാല് ആദ്യ ദിവസം എന്താ പാല് കൊടുക്കുന്നതാണല്ലോ പറയല്ലേ സ്വാമിക്ക് അറിയില്ല കേട്ടിട്ടുണ്ട് അപ്പം ഈ വധു പാല് പകുതി കൊടിച്ച് പകുതി ദേഹത്തിന് കൊടുക്കുക എന്നുള്ള നേരെ തിരിച്ചാ അല്ലേ ശരി അതെ നേരെ തിരിച്ചാ വേണ്ടതല്ലേ എന്നാൽ അതെ അതെ അങ്ങനെ തന്നെയാണ് അപ്പൊ ഇദ്ദേഹം ഒരു ഗ്ലാസ് പാൽ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞു ഈ വിദ്വാൻ പറഞ്ഞു നീ കുടിച്ചോളാം പറഞ്ഞു പറഞ്ഞു അങ്ങനെയല്ല അത് അങ്ങ് കുടിക്കൂ അങ്ങനെയല്ല നീ കുടിച്ചോളൂ അപ്പം വേണ്ടേ ഞാൻ കട്ടൻ ചായ കുടിച്ചോളാം എന്ന് പറയും ഇങ്ങനെ ഇതാണ് ദാമ്പത്യത്തിൻ്റെ ആരംഭമെങ്കിൽ അതിൻ്റെ തുടക്കവും ഒടുക്കവും എങ്ങനെ ഉണ്ടാവും എന്നിട്ട് പറയാം നിന്നെ എന്താ നിന്നെ കണ്ടത് എനിക്ക് തേടിയ വള്ളി കഴുത്തിൽ ചുറ്റി അങ്ങനെയൊക്കെയാണ് എന്താ പറയുക പറയുന്നത് അപ്പൊ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ചിലപ്പം ഓ എൻ്റെ ഈശ്വര ഇങ്ങനെ ഒരു സ്ഥലത്താണല്ലോ ഞാൻ വന്നുപെട്ടത് എന്നൊരു ചിന്ത ആരംഭത്തിൽ ജനിച്ചു എങ്കിൽ അവസാനം വരെ അത് പ്രതീക്ഷിക്കാം ചില കാര്യത്തിലൊക്കെ നമുക്കുണ്ടല്ലോ അങ്ങോട്ട് ഓ ഇതിൻ്റെ ഇത് ഇനി എൻ്റെ ജീവിതം പല പല കാര്യങ്ങളും നമ്മൾ പറയും അതിന് ഉപമകളൊക്കെ ആയിട്ട് അതിന് ആരംഭവും അതിൻ്റെ അവസാനവും തുടക്കവും ഒടുക്കവും നിദ്രയും ആലസ്യവും മോഹവും ഇതൊക്കെ കാരണം അത് ആരംഭിക്കുന്നത് അജ്ഞാനത്തിൽ നിന്നാണ് അത് അജ്ഞാനത്തിൽ നിന്നുണ്ടായി അജ്ഞാനത്തിൽ തന്നെ വിലയിക്കുന്നു തുടർന്ന് പൃഥി ദുവാന സത്വം പ്രകൃതിമുക്തം യത്രിഗുണോ ഭഗവാൻ ന തത് അസ്തി പൃഥിം വേവേഷുവാ പുനഃ സത്വം പ്രകൃതിജൈ മുക്തം യത് ത്രിഭി ഗുണൈ പറയുന്നു പ്രകൃതിജൈ പ്രകൃതിജൈ പ്രകൃതിയിൽ നിന്ന് ജാതങ്ങളായ പ്രകൃതിജങ്ങളായ പ്രകൃതി പ്രകൃതി പ്രകൃതിജങ്ങളായിട്ടുള്ള ഏഭി ഗുണൈ ഈ ഗുണങ്ങളോട് ഏതൊക്കെയാണ് സാത്വികം രാജസം ാമസികം മുക്തം മുക്തം എന്ന് പറഞ്ഞാൽ വേർപെട്ടതായ യത് സത്വം സിയത് യാതൊരു സത്വം യാതൊന്ന് യാതൊരു വസ്തു സിയാദ് ഭവിക്കുമോ ഉണ്ടാകുമോ തത് അത് അങ്ങനെയുള്ള ആ വസ്തുവും പൃഥിവ്യാം പൃഥിവ്യാംന്ന് പറഞ്ഞാൽ ഭൂമിയിലോ ദിവി സ്വർഗത്തിലോ ദേവേഷു ദേവന്മാരിലോ വാ പുന വസ്തി പിന്നെ എവിടെ പിന്നെ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എന്താ ഭഗവാൻ പറഞ്ഞത് പ്രകൃതിജങ്ങളായിട്ടുള്ള ഈ ഗുണങ്ങളോട് വേർപെട്ടതായിട്ട് യാതൊരു സത്വം യാതൊന്ന് ഉണ്ടാകുമോ ഇതിൽ നിന്ന് അന്യമായി ഈ ഗുണങ്ങളൊന്നും കലരാതെ ഭഗവാൻ മൂന്നാം അധ്യായത്തിലെ ഗുണങ്ങളുടെ കലർ എന്താ കലർപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് നഹി കശി ക്ഷണമഭി ജാതുതിഷ്ടത്യകർമ്മകൃത് കാര്യദേഹ്യവശ കർമ്മ സർവ പ്രകൃതിജൈ ഗുണൈ അല്ലെ പ്രകൃതിജങ്ങളായിട്ടുള്ള ഗുണങ്ങളാൽ സത്വരജതമോ ഗുണങ്ങളാൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ കർമ്മം ചെയ്യാതെ ഇരിക്കുന്നില്ല എല്ലാം കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം എവിടെ ഭഗവാൻ പറയണം പ്രകൃതിജങ്ങളായ ഈ ഗുണങ്ങളോട് വേർപെട്ടതായി യാതൊരു സത്വം ഉണ്ടാകുമോ യാതൊരു വസ്തു ഉണ്ടാകുമോ തത് അങ്ങനെയുള്ള ആ വസ്തു ഭൂമിയിലോ സ്വർഗത്തിലോ ദേവന്മാരിലോ പിന്നെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ന അസ്ഥി ഇല്ല എന്ന എന്താ ഇതൊരാശയത്തിൻ്റെ ഒരാശയത്തിലേക്ക് ഭഗവാൻ പ്രവേശിക്കുകയാണ് നോക്കാം അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സ്വഭാവപ്രഭവൈഗുണ ഭഗവത്ഗീതയിലെ ചില ശ്ലോകങ്ങളൊക്കെ യോഗവാസിഷ്ടത്തിലെ ചില ശ്ലോകങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന് പറയാം അപ്പൊ ഇവിടെ വാസിഷ്ടത്തില് പറയുന്നുണ്ട് അതായത് നിർമ്മല ഈ ജ്ഞാനം ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് നിർമ്മല ചിത്തം എന്നാണ് ജ്ഞാനം അതിന് ഒന്നുമായിട്ടുള്ള കലർപ്പില്ല അപ്പൊ വാസിഷ്ടത്തിൽ പറയുന്നുണ്ട് ന മോക്ഷോ നൃഷ്ടേ പാതാളേ ന ചൂതലേ മോക്ഷോ ഹി ചേതോ വിമലം സമ്യക് വിബോധിതം ഈ മോക്ഷം ആകാശത്തിലോ പാതാളത്തിലോ ഭൂതലത്തിലോ ഒന്നുമല്ല പിന്നെയോ എന്താണ് നിർമ്മല ആ മോക്ഷം എന്ന് പറയുക അപ്പൊ അതിനെ അതിനെയാണ് ഭഗവാൻ ഇനി ആ മോക്ഷത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കാരണം ഈ അധ്യായത്തിന്റെ പേര് മോക്ഷസന്യാസ യോഗം എന്നാണ് പറയണു ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈഹി ഗുണൈഹി അല്ലയോ ശത്രുതാപനായിട്ടുള്ള അർജുന പരന്തപ അപ്പൊ ഇവിടെ പരന്തപ അതായത് മറ്റുള്ളതിനെയൊക്കെ തപിപ്പിക്കാൻ പോകുന്നത് നമ്മളിലും ഈ ശേഷി ഒരുപാടുണ്ട് എന്നാണ് നമ്മളല്ലാത്തത് നമ്മളല്ലാത്തതിനെ എല്ലാം കൈയൊഴിയാൻ പോകുന്ന ശേഷി നമുക്കുണ്ട് എന്ന് പറയാം സ്വയം അറിയുക ഇതാണ് ഇവിടുത്തെ വിഷയം ഗീതയില് നമ്മൾ എന്താ ഈ ആശയത്തെ മുൻപും പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഭാരതത്തിൽ ധനം അധികാരം യശസ് കീർത്തി ഇത്യാദികൾക്കൊക്കെ നമ്മുടെ പൂർവന്മാർ രണ്ടാം സ്ഥാനമേ കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ളത് സ്വയം അറിയുക എന്നുള്ളതിനാണ് അപ്പൊ നല്ല ഓർമ്മ വേണമെന്ന് അവർ പറയണു അതുകൊണ്ട് മറ്റുള്ളതിനെയെല്ലാം പരന്തവൻ എന്ന് പറയുമ്പോൾ അതാണ് പരന്തവൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിനെയൊക്കെ തന്നെ അന്വേഷണ വിഷയമാക്കി വയ്ക്കാൻ പോന്നവൻ അങ്ങനെ താൻ അന്വേഷണ വിഷയമാകുന്ന സമയത്ത് മറ്റുള്ളതിനെയൊക്കെ തനിക്ക് എന്ത് ചെയ്യണം ഇല്ലായ്മ ചെയ്യണം കഫിപ്പിക്കണം എന്ന് പറയാം ചൂടുപിടിപ്പിക്കണം അങ്ങനെ അതിൽ നിന്ന് മോചിതനാകേണ്ടതുണ്ട് എന്ന് പറയാം അപ്പൊ ഗവേഷണ വിഷയം ആരാണ് താൻ തന്നെയായിരിക്കണം അങ്ങനെ അതിന് പോന്ന അല്ലയോ അർജുന ബ്രാഹ്മണ ക്ഷത്രിയ വിഷാം ബ്രാഹ്മണരുടെയും ക്ഷത്രിയന്മാരുടെയും വിശാം എന്ന് പറഞ്ഞാൽ വൈശ്യന്മാരുടെയും ശൂദ്രാണാംശ ശൂദ്രന്മാരുടെയും കർമാണി കർമ്മങ്ങൾ അപ്പൊ ഏത് തലത്തിൽ ഒരുവൻ നിലകൊള്ളുന്നുവോ അതൊന്നും ബ്രാഹ്മണ കർമ്മങ്ങളാവട്ടെ ക്ഷത്രിയ കർമ്മങ്ങളാവട്ടെ വൈശ്യ കർമ്മങ്ങളാവട്ടെ ശൂദ്രന്റെ കർമ്മങ്ങളാവട്ടെ കർമാണി കർമ്മങ്ങൾ സ്വഭാവപ്രഭവൈഹി അത് അവരവരുടെ സ്വഭാവപ്രഭവേ ഹി സ്വഭാവങ്ങൾ ഏതൊരു ഗുണത്താൽ പ്രഭാവിതമാണോ ഓരോരുത്തരും അതിനനുസരിച്ചാണ് അവരെന്ത് ചെയ്യുന്നത് കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ കാര്യത്തെ ഭഗവാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് എന്താണ് വിചാരങ്ങളാണ് വാക്ക് വാക്കാണ് പ്രവൃത്തി ആ വിചാരങ്ങളെ വിസ്തരിച്ചിട്ടുണ്ട് സാത്വികമായിട്ടുള്ളത് താമസികമായിട്ടുള്ളത് രാജസികമായിട്ടുള്ളതൊക്കെ സാത്വികം രാജസികം താമസികം അപ്പൊ ഇതൊക്കെ അതിനനുസരിച്ച് ഓരോരോ കർമ്മങ്ങള് എന്താ സ്വഭാവപ്രഭവൈഹി സ്വാഭാവികങ്ങളായിട്ടുള്ള ഗുണൈഹി ഗുണങ്ങളാൽ പ്രവിഭക്താനി വിഭജിക്കപ്പെട്ടതാണ് എന്ന് പറയും രാമകൃഷ്ണദേവൻ പറയുമല്ലോ എന്താണ് പൂക്കാരിയുടെ ഇവിടെയൊക്കെ അത് ഓർത്തുവെച്ചാൽ മതി പൂക്കാരിയുടെ വീട്ടിൽ മത്സ്യക്കാരി ഉറങ്ങാൻ പോയപ്പം അവൾക്ക് ഉറക്കം വന്നില്ല എന്നാൽ എന്താണ് അവളുടെ ഗുണം അവളുടെ പ്രകൃതം മത്സ്യത്തിൻ്റെ ഗന്ധം കേട്ടാലേ ഉറക്കമേരുള്ളൂ അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു അവളുടേതായിട്ട കൊട്ട എടുത്ത് വെച്ച് അതിൽ കുറച്ച് വെള്ളം തളിച്ച് അവൾ അതിൽ സുഖമായിട്ട് ആ മണം ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വന്നപ്പോഴാണ് എന്താ അവൾക്ക് ഉറങ്ങാൻ പറ്റിയതെന്നാണ് അല്ലെങ്കിലോ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഉറങ്ങാൻ അപ്പം നമുക്കുണ്ട് അങ്ങനെ നമുക്കുണ്ടല്ലോ നമ്മുടേതായിട്ടുള്ളൊരു തലയണ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഉറക്കം പോവുമല്ലോ അല്ലേ അപ്പോൾ അത് വേണം അതിനു അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ നമ്മുടെ പ്രകൃതം അങ്ങനെയായി അപ്പം ഗുണൈഹി പ്രവിഭക്താനി ഗുണങ്ങളാൽ വിഭജിക്കപ്പെട്ടതാണ് നമ്മളൊക്കെ തന്നെ ഇങ്ങനെയാണ് ഇവിടെ ഭഗവാൻ ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈശ്യനെന്നും ശൂദരനെന്നും പറയുമ്പം നമ്മൾ നമ്മളെ എടുത്താൽ മതി നമ്മളിങ്ങനെയല്ലേ നമ്മുടെ കർമ്മങ്ങൾ ഇത്തരത്തിൽ വിഭജിക്കപ്പെട്ടിട്ടില്ലേ അതേ എന്ന് പറയാം ഏതൊരു ഗുണമാണ് നമ്മിൽ അധികരിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ നാം ഏതൊരു ഗുണത്തെയാണ് അതെ അതിഷ അധിഷ്ഠാനമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് അതിനനുസരിച്ചാണ് നാം പ്രവർത്തിക്കുന്നത് എന്ന് പറയാം അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഷാന്തിരാർജവമേവ്ഞാനം വിജ്ഞാനമാതിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം ക്ഷമ ദമ തപ ശൗചം ക്ഷാന്തി ആർജവം ഏവച ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ബ്രാഹ്മം കർമ്മ സ്വഭാവജം പതിനെട്ടാം അധ്യായം ഭഗവാൻ എല്ലാറ്റിനെയും പറഞ്ഞതിനെ ഒന്നുകൂടെ ഒന്നുകൂടെ സംഗ്രഹിക്കുകയാണ് അതിനെയൊക്കെ ഒന്നുകൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാം ഇതുവരെ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതിനെ മുഴുവൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇനി അവസാനം ഭഗവാന്റെ ഒരു കലാശക്കൊട്ടുണ്ട് അത് വരാൻ പോകുന്നുണ്ട് പറയണു ശ ശമഹ എന്താണ് ശമ ക ആ മനോ നിഗ്രഹ അല്ലേ ദമ ബാഹ്യേന്ദ്രിയ നിഗ്രഹ അപ്പൊ ശമ ശമ മനസ്സിൻ്റെ ശാന്തി അതുപോലെ ദമം ഇന്ദ്രിയത്തിൻ്റെ നിഗ്രഹം ഇന്ദ്രിയത്തിൻ്റെ അടക്കം അപ്പൊ ഇന്ദ്രിയങ്ങൾ ബോധപൂർവം പ്രവർത്തിക്കുക ഇന്ദ്രിയങ്ങളുടെ പിറകിൽ മനസ്സുണ്ടായിരിക്കട്ടെ കരചരണങ്ങൾ എവിടെയാണോ മനസ്സും അവിടെ വേണമെന്ന് പറയാം അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറയാൻ നമുക്ക് അവസരങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ അയ്യോ അറിയാതെ പറ്റിപ്പോ ഇതാണ് നമ്മളെപ്പോഴും നമുക്ക് എന്താ നമ്മളിതൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച് വരയ്ക്കുക വല്ലവരുമായിട്ട് സംസാരിച്ചിരിക്കുമ്പം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പേപ്പറിൽ ഒരു സ്ഥലത്ത് പോയിട്ടിരുന്ന എന്തോ ടെലിഫോൺ നമ്പർ എന്തോ എഴുതിയെടുക്കാൻ എന്ന സമയത്ത് കുട്ടിയുടെ ആപ്ലിക്കേഷൻ അങ്ങനെ എന്തോ ആണ് വളരെ പ്രധാനപ്പെട്ട ഫോട്ടോ ഒക്കെ ഒട്ടിച്ചു വെച്ചിട്ടുള്ളത് ആ ഫോട്ടോനെയാണ് നീശിയൊക്കെ വരച്ചു താടിയൊക്കെ വരച്ചു വെക്കും അങ്ങനെയൊക്കെ സംഭവിക്കും ശ്രദ്ധ പോയിട്ട് എന്താ താൻ ചെയ്യുന്നത് എന്നില്ല നോട്ടിലൊക്കെ എഴുതി വയ്ക്കുന്നത് കണ്ടിട്ടില്ലേ മനഃപൂർവവും അല്ലാതെയും ഒക്കെ ചിലർ നോട്ടിലാണ് നമ്പറൊക്കെ എഴുതുന്നത് അപ്പൊ ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹം വളരെ പ്രധാനമാണോ എന്ന് പറയാം ഇന്ദ്രിയങ്ങളിങ്ങനെ നമ്മളറിയാതെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഒരാചാര്യൻ പറയുന്നത് ഈ ചെറിയ കുട്ടികൾക്ക് ടോർച്ച് കിട്ടിയതുപോലെയാണ് അത്ര അതെന്താ ചെറിയ കുട്ടിക്ക് ടോർച്ച് കിട്ടിയാൽ എന്താ ചെയ്യാം അതിങ്ങനെ നിൽക്കും അപ്പം വെളിച്ചം കാണും പിന്നെ ഇത് തന്നെയായിരിക്കും അനുപണിയും ഇതുപോലെ നമ്മുടെ ഊർജത്തെ ഇങ്ങനെ വ്യയം ചെയ്യാത്ര അത് ബോധപൂർവോ അബോധപൂർവോ അങ്ങനെ ആവാൻ പാടില്ല എന്നാൽ അതുകൊണ്ട് ഇന്ദ്രിയങ്ങളിൽ ഒരു പേന കിട്ടിയാൽ എന്തൊക്കെ ചെയ്യും അതിങ്ങനെ ഇട്ട് ആദ്യം ഇങ്ങനെ അടിക്കും പിന്നെ അത് അതുകൊണ്ട് ചൊറിയും പിന്നെ അതിങ്ങനെ ചുണ്ടിൽ വെച്ച് കടിച്ച് കടിച്ച് പല പേനയുടെയും തുഞ്ചം കണ്ടിട്ടുണ്ടാവും കടിച്ച് കടിച്ച് കടിച്ച് ഈ നായക്ക് എല്ല്ല് കിട്ടിയാൽ അങ്ങനെ ചെയ്യും എന്തിനാണെന്ന് വെച്ചാൽ വെറുതെ അങ്ങനെ പല ജോലികളും ഉണ്ട് നമ്മൾ പല ഇന്ദ്രിയങ്ങളെ നമ്മൾ അങ്ങനെ ഊർജത്തെ വ്യയം ചെയ്യുന്നു അനാവശ്യമായിട്ട് അതില്ലാതിരിക്കലിനെയാണ് ദമ തപ തപസ് തപസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് മാനസികം ശാരീരികം മാനസികം വാചികം എല്ലാം കൂടെ ചേർത്തുകൊള്ളുക ശൗചം ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് പറയണം തോന്നുന്നുണ്ട് ശൗചം അല്ലേ ഓർമ്മിപ്പിക്കുന്നതാണ് ശൗചം ശുചിത്വം ഷാന്തി ക്ഷമ നമ്മൾ പഠിച്ചു അഹിംസാ പ്രഥമം പുഷ്പം പുഷ്പന്ദ്രിയഗ്രഹ സർവഭൂതദയാപുഷ്പം ക്ഷമാപുഷ്പം വിശേഷത ശാതിപുഷ്പം തപുഷ്പം ധ്യാനപുഷ്പം തഥവ ച സത്യമഷ്ടവിധം പുഷ്പം വിഷ്ണോ പ്രീതികരം ഭവേത് ഓർമ്മയില്ലേ ഇല്ല ശൗചം ക്ഷാതി ക്ഷമാ ആർജവം ആ കുട് വക്രത ഇല്ലായ്മ എന്ന് പറയാം കുടിലത ഇല്ലായ്മ ഒരു എന്തിനും ഒരു സംശയമാണ് സംശയം അല്ലെങ്കിൽ ഏത് കാര്യത്തിനും ആര് വീട്ടിൽ വന്നാലും ഒരു ഫോൺ ബെല്ലടിച്ചാലും എല്ലാറ്റിനും നമുക്ക് അല്ലേ സ്വാമി സ്വാമിക്കറിയില്ല എന്നത്തെ കാലം സ്വാമിക്ക് അറിയാം നന്നായിട്ട് അറിയാം എന്ന് പറയാം ഇന്നൊന്നും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ഇങ്ങനെ നമ്മൾ മനസ്സിലൊന്ന് വെക്കുമ്പോഴാണ് നമ്മളെല്ലാവരും വന്ന് പറ്റിച്ചു പോകുന്നത് അങ്ങനെയൊക്കെ ആരെയും സം വിശ്വാസമില്ലാത്ത ഈ അമ്മമാരുണ്ട് അമ്മമാരെന്ന് പറഞ്ഞാൽ അവരാണ് വീട്ടിൽ ഉണ്ടാവുക മറ്റവർ എപ്പോഴും ജോലിക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോഴാണ് വന്ന് ഈ സ്വർണം പോളീഷ് ചെയ്തു തരാം നന്നായിട്ട് നല്ല വെളുപ്പിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് മേടിക്കും ഇല്ലേ അങ്ങനെ പെട്ടുപോയിട്ടുണ്ടാവുമല്ലോ പിന്നെ മേടിച്ചു തിരിച്ച് കിട്ടുമ്പം അത് വേറെ എന്തോ ആണ് ഒന്നുകിലും അതിലൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ പലതും പിന്നെ അതുണ്ട് കന്മതാണ് പിന്നെ ഇതാ ഇത് ഇന്നതിന് ഇതാണ് വെച്ച് നോക്കൂ ഇതാക്ക അതിൻ്റെ അടിയിൽ വയ്ക്കും മണത്ത് നോക്കൂ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഓരോന്ന് മേടിക്കും അത് സാരി കൊടുത്തു അത് കൊടുത്തു ഇത് കൊടുത്തു എന്നിട്ട് അത് ഉപയോഗിക്കാൻ പേടി സംശയം ഇങ്ങനെ ഒരു ആർജവം ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ആരെയും ആരെയും മുഖത്ത് നോക്കി എന്തും പറയുക സത്യസന്ധമായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം പലപ്പോഴും നമുക്കത് സാധിക്കുന്നില്ല എന്ന് പറയാം നമ്മൾ ഈ പറയുന്നത് എങ്ങനെ മുഖത്ത് നോക്കി പറയുന്ന അതെന്താ ബുദ്ധിമുട്ട് പറയാം അല്ല ശത്രുക്കൾ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയ ഇപ്പം ഇല്ലേ അധികാണെന്ന് പറയാം ആർജവം ജ്ഞാനം ജ്ഞാനം എന്നുള്ളതിന് ഭഗവാൻ ഇവിടെ പറയുമ്പം അത് അനുഭവജ്ഞാനം എന്ന് തന്നെയാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവത്തിൽ വരേണ്ടത് തന്നെ ജ്ഞാനം വിജ്ഞാനം വിശേഷമായിട്ട് വിജ്ഞാനം എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം അനുഭവജ്ഞാനം മറ്റത് സിദ്ധാന്തപരമായിട്ടുള്ള ജ്ഞാനം അഗ്നിക്ക് ചൂടുണ്ട് എന്നുള്ളത് പിന്നെയോ കൈവച്ചാൽ വിജ്ഞാനം അനുഭവജ്ഞാനം ആസ്തിക്യം വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ഏവ ഇവയെല്ലാം തന്നെ സ്വഭാവജം സ്വാഭാവികമായി ബ്രാഹ്മം കർമ്മ ബ്രാഹ്മണമായ കർമ്മമാകുന്നു അപ്പൊ ബ്രാഹ്മണന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ബ്രാഹ്മണന്റെ ലക്ഷണം എന്താ നമ്മൾ വജ്രസൂചികോപനിഷത്തിൽ ബ്രാഹ്മണന്റെ ലക്ഷണം പറഞ്ഞിട്ടുണ്ട് ആ ലക്ഷണത്തെ ഭഗവാൻ വേറൊരു പ്രകാരത്തിൽ ഇവിടെ പറയണമെന്ന് പറയാം എന്തൊക്കെയാണ് ശമം മം തപസ് മനസ്സിന്റെ ശുചിത്വം അതുപോലെ ക്ഷമ വക്രതയില്ലായ്മ അറിവ് അനുഭവമായിട്ടുള്ള അറിവ് ശ്രദ്ധ വിശ്വാസം ഇതെല്ലാം കൂടെ ചേർന്നു കഴിഞ്ഞാൽ ഇത് ബ്രാഹ്മണമായിട്ടുള്ള കർമ്മമാകുന്നു തുടർന്ന് ക്ഷത്രം കർമ്മസ്വഭാവം ശൗര്യം തേജ ധൃതി ദാക്ഷ്യം യുദ്ധേ ചി അപലായനം ദാനം ഈശ്വരഭാവം കർമ്മ സ്വഭാവം പറയണം ശൗര്യം ശൂര്യത എന്ന് പറയാം ക്ഷത്രിയന്റെ ഗുണങ്ങളാണ് ഇതൊക്കെ തേജ വീര്യം പ്രതാപം ധൃതി ധൈര്യം ദാക്ഷ്യം സാമർത്ഥ്യം യുദ്ധേ അപലായനം യുദ്ധത്തിൽ സമരത്തിൽ തിരിച്ച് ഓടാതിരിക്കൽ അത് യുദ്ധം അവിടുന്ന് ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഓടും എന്ന് പറയാം അങ്ങനെയല്ല അതിൽ നിന്ന് പിൻവലിയാതിരിക്കൽ മാത്രമല്ല ദാനം അതുപോലെ ഈശ്വരഭാവാച്ച ഈശ്വരഭാവം എന്ന് പറഞ്ഞാൽ ഇവിടെ യജമാനത്വം എന്നാണ് ഈശ്വരഭാവം ഇതൊക്കെ സ്വഭാവജം ക്ഷാത്രം കർമ്മ ഇതെല്ലാം ക്ഷാത്രകർമ്മമാകുന്നു ഇതാണ് ക്ഷത്രിയന്റെ കർമ്മം ക്ഷത്രിയൻ ക്ഷത്രിയന്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെയുള്ള ഒരാളാണ് ഇതൊക്കെയുള്ളൊരാ ഇത്തരത്തിലാണ് നമ്മുടെ കുട്ടികൾ വളരുന്നതെങ്കിൽ എത്രയും വേഗം പോലീസിലേക്കോ പട്ടാളത്തിലേക്കോ വിടുക നേരത്തെ പറഞ്ഞതൊക്കെയാണെങ്കിൽ നമുക്ക് ആ തരത്തിലുള്ള ജോലിയിലേക്കൊക്കെ പ്രവേശിപ്പിക്കുക എന്ന് പറയാം തുടർന്ന് ൂദ്രൗരക്ഷ്യംി പശുരക്ഷണം അതുപോലെ വാണിജ്യം കച്ചവടം ഇതൊക്കെയാണ് സ്വഭാവജം വൈശ്യകർമ്മ ഇതൊക്കെയാണ് സ്വാഭാവികമായ വൈശ്യന്റെ കർമ്മം അപ്പോ ഈ കുട്ടികളെയൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും എന്തും കച്ചവടം ചെയ്യുമെന്ന് പറയാം അച്ഛനുമായിട്ട് തന്നെ എന്താ പറയാ കച്ചവടമായിരിക്കും എന്ത് തരും എന്നായിരിക്കും ചോദ്യം അതുപോലെ വൈശ്യകർമ്മ വൈശ്യകർമ്മം ആ ഇതൊക്കെയാണ് വൈശ്യകർമ്മം പരിചര്യാത്മകം ശൂദ്രസ്യ അപേ പരിചര്യ പരിചരിക്കുക മറ്റുള്ളവരെ പരിചരിക്കുന്ന കർമ്മങ്ങളൊക്കെയാണ് ആരുടേത് ശൂദ്രൻ്റെയും സ്വഭാവചം കർമ്മ അവൻ്റെ സ്വാഭാവികമായിട്ടുള്ള കർമ്മം അപ്പൊ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നേഴ്സൊക്കെ ആവുക എന്നുള്ളത് ശൂദ്രൻ്റെ ജോലിയാണ് ശൂദ്രൻ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ടത് എന്നല്ല എന്തോ നമ്മൾ അങ്ങനെ ഒരു മോശമായിട്ടുള്ള ജോലിയാണ് പറഞ്ഞിരിക്കുന്നത് സിവിൽ സർവീസ് ശൂദരനാണ് അതിപ്പോ കളക്ടറാണെങ്കിലും കളക്ടറൊക്കെ ഗീതയുടെ ഭാഷയിൽ ശൂദരനാണ് കാരണം നമ്മുടെ ജനങ്ങൾ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയുള്ളവരാ ഇതൊക്കെയാണ് അവരുടെ അപ്പൊ ഇവിടെ ഇങ്ങനെ സംഗ്രഹിക്കുക എന്ന് പറയാ ഈ ഓരോന്നിനെ അധികാരികളെ പറയുമ്പം ഇവിടെ പറയണോ ബ്രാഹ്മണൻ മോക്ഷാധികാരിയാണ് എന്ന് പറയാം എല്ലാവരും മോക്ഷത്തിന് അധികാരികളാണോ അതെ മോക്ഷത്തിന് അധികാരികൾ തന്നെയാണ് എല്ലാവരും അതിൽ സംശയമില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ പറഞ്ഞു വരുമ്പം ബ്രാഹ്മണൻ മോക്ഷാധികാരിയാണ് അവൻ്റെ കർമ്മം ശമധമാദികളാണോ എന്ന് പറയാം അപ്പോൾ ഒരുവന് ഈ പറഞ്ഞ് ഒരു ബ്രാഹ്മണൻ ഒരു ഒരു പ്രകാരത്തിൽ പറയുന്നത് ബ്രാഹ്മണൻ സ്ഥിരമായിട്ടൊരുവൻ ബ്രാഹ്മണനായി നിലകൊള്ളുന്നതല്ല മോക്ഷത്തിന് അധികാരിയാകുന്നത് എപ്പോഴാണ് എപ്പോഴാണ് തനിക്ക് ഇതിൽ നിന്നൊക്കെയുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്നൊരുവന് ചിന്തയുണ്ടാകുന്നത് ആ സമയത്ത് അവൻ ബ്രാഹ്മണനാണ് അപ്പൊ ബിസിനസ്സൊക്കെ തന്നെ എല്ലാം മതിയാക്കിയിട്ട് എന്ത് ചെയ്യും ഈ പരമമായ സത്യം അറിയണം എന്ന് വിചാരിച്ച് എല്ലാം മക്കളെ ഏൽപ്പിച്ചു കൊടുക്കുമല്ലോ ആ സമയത്ത് അദ്ദേഹം പിന്നെ ആരാണ് വൈശ്യനല്ല ബ്രാഹ്മണനാണ് ഇതൊരു ഒന്നിൽ നിന്നൊന്നിലേക്കുള്ള ഒരു പ്രയാണമായിട്ടും സ്വീകരിക്കാം ഇങ്ങനെ ബ്രാഹ്മണനായി ജനിച്ച് ബ്രാഹ്മണനായി അങ്ങനെ ജന്മം കൊണ്ടുള്ള കാര്യമേ അല്ല ഇവിടെ പറയുന്നത് എന്ന് പറയാം അപ്പൊ ബ്രാഹ്മണൻ മോക്ഷാധികാരി അവന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് ക്ഷമധമാധികൾ കർമ്മമായി വിധിച്ചിരിക്കുന്നത് ക്ഷമാധമാ ഉപരതി തിദിക്ഷ സമാധാനം ഇത്യാദി ഗുണങ്ങളെയാണ് അതിനെ പരിശീലിപ്പിക്കലാണ് എന്ന് പറയാം ക്ഷത്രിയനോ ക്ഷത്രിയൻ കാമാധികാരിയാണ് കാമത്തിന് അധികാരിയാണ് എന്ന് പറയാം അപ്പൊ എന്തൊക്കെയാണ് അവന് കർമ്മം ശൗര്യ പ്രതാപാദികളായിട്ടുള്ള ശൗ എന്താ ഈ യുദ്ധം ഇത്യാദി കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞിട്ടുണ്ട് വൈശ്യനോ അർത്ഥത്തിന് അധികാരിയാണ് എന്നാ അതുകൊണ്ട് അവൻ എന്ത് പറഞ്ഞിരിക്കണോ കർമ്മം കൃഷി ഗോരക്ഷണം ഇത്യാദികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ശൂദ്രൻ ശൂദ്രനെയാണ് ഇവിടെ പറയുന്നത് ധർമാധികാരി നോക്കൂ ശൂദ്രനെ വെച്ചിരിക്കുന്നത് എവിടെയാണ് ധർമാധികാരിയാണ് എന്താണ് കർമ്മം സമുദായ അതായത് മുഴുവൻ ലോകത്തിൻ്റെയും പരിരക്ഷ അതാണ് ഇതാണ് വർണ്ണ വ്യവസ്ഥയിൽ കർമ്മത്തെ ഘടിപ്പിച്ചിരിക്കുന്നത് ഇത് പ്രകാരത്തില അല്ലാതെ ജന്മം കൊണ്ട് കുറച്ചു പേര് അവര് അവര് മാത്രമാണ് ഈശ്വരനെ അറിയാനും മോക്ഷത്തിന് അധികാരികളും ബാക്കിയുള്ളവരൊക്കെ എന്നും എല്ലാവരുടെയും ഇങ്ങനെ അതും ഇതൊക്കെ ചെയ്ത് കൂടുക കാര്യങ്ങളൊന്നും ഗീതയോ അല്ലെങ്കിൽ നമ്മുടെ പൂർവാചാര്യന്മാരോ പറയുന്നില്ല എന്ന് പറയാം തുടർന്ന് ഗീതയില് ഭഗവാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നു അതിനെ നീ കേട്ടാലും എന്ന് പറയാം ഈ അടുത്ത ശ്ലോകം നമുക്കൊന്ന് കാണാം സ്വേ സ്വേ കർമ്മ്യം യഥാവിന്ദ്രു ഇവിടെ ഭഗവാൻ ഈ എന്താ ഗുണഭേദത്തെയും അതുപോലെ തന്നെ വർഗഭേദത്തെയും പറഞ്ഞു ആ ഗുണഭേദത്തിനും വർഗഭേദത്തിനും അനുസരിച്ച് എന്താണ് കർമ്മത്തിൻ്റെ വിഭജനത്തെക്കുറിച്ചും പറഞ്ഞു ഇത്തരം ഈ എന്താ ഈ വ്യവസ്ഥയിൽ ഇതിനെ പറഞ്ഞിട്ട് ഇതിലൊരു നിഷ്ഠയുണ്ടാവുകയാണെങ്കിൽ ഈ നിഷ്ഠയോടുകൂടിയിട്ടുള്ള കർമ്മത്തിൽ ആ കർമ്മം ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ പ്രയോജനത്തെയാണ് ഇനി പറയാൻ പോകുന്നത് അതിനെക്കുറിച്ച് അർജുനോട് പറയാണ് സ്വേ സ്വേ കർമ്മണി അഭിരഥ സംം ലഭ സ്വകർമ്മ നിരതാ വിന്തതി തത് ശൃു സ്വേ സ്വേ സ്വന്തം അവനവനുള്ള കർമ്മണി അഭിര കർമ്മത്തിൽ തത്പരനായിട്ടുള്ള നരഹ നരൻ മനുഷ്യൻ എന്ത് ചെയ്യുന്നു സംസിദ്ധിം സംസിദ്ധിം എന്ന് യോഗ്യതയെ ആ പരമപദ പ്രാപ്തിയെ ലഭത ലഭിക്കുന്നു അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ വഴിയുണ്ട് എന്താ എന്താ തെറ്റിദ്ധാരണ ഓരോരുത്തർക്കുള്ള കർമ്മത്തെ പറഞ്ഞു ഓ അത് ശരി അപ്പൊ ഏതാണ് ശ്രേഷ്ഠം അപ്പൊ അത് കൂടിയത് ഇത് കുറഞ്ഞത് വേണ്ട എന്ന് പറയുക അങ്ങനെയുള്ള ചിന്ത തന്നെ വേണ്ട കാരണം ഏത് ഗുണമാണ് ഏത് ഗുണത്താലാണ് ഞാൻ എന്നിലെ അതി എന്നിൽ എന്നിലുള്ള ഗുണമേത് എന്ന് ഞാൻ തിരിച്ചറിയണം അതറിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ എനിക്ക് സത്യം സാക്ഷാത്കരിക്കാം എന്നാണ് അതുകൊണ്ട് സ്വേ സ്വേ കർമ്മണി അഭിര അത് വളരെ പ്രധാനപ്പെട്ടതാണ് സ്വന്തം സ്വന്തമായ കർമ്മത്തിൽ തത്പരനായ അതിൽ തൽ ഉണ്ടായിരിക്കണം അഭിര നരഹ സംസിദ്ധിം ലഭതേ അവന് ആ യോഗ്യതയെ അവൻ പ്രാപിക്കുന്നു ലഭിക്കുന്നു സ്വകർമ്മനിരത സ്വകർമ്മ തത്പരൻ യഥാസിദ്ധിം വിന്തതി ഏത് പ്രകാരത്തിലാണ് അവൻ പരമപദത്തെ നേടുക എന്ന കാര്യം തതേ അത് നീ എന്നിൽ നിന്ന് കേട്ടാലോ ഞാൻ പറഞ്ഞു എന്താ ഭഗവാൻ പറയാൻ പോണത് എവിടെയാണോ നാം നിലകൊള്ളുന്നത് ആ നിലകൊള്ളുന്നിടത്ത് നിന്ന് എങ്ങനെ ഈ തത്പദത്തെ പ്രാപിക്കാം മോക്ഷത്തെ പ്രാപിക്കാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്താ ആയിട്ടില്ലല്ലോ നിർത്താൻ കുറച്ചു കാര്യം വേറെ കാര്യം ഇതല്ലാണ്ട് വേറെ കുറച്ച് കാര്യം പറയാനുണ്ട് നാളത്തെ കാര്യമാണ് വളരെ വളരെ ശ്രദ്ധിച്ചു കേൾക്കേണ്ട കാര്യം നാളെ നമ്മള് ആദ്യം ഭഗവത്ഗീത കരന്യാസം കരന്യാസത്തിലെ ചില ശ്ലോകങ്ങൾ നമ്മൾ എടുത്തിട്ടില്ല അതുകൊണ്ട് പതിനെട്ടാം അധ്യായത്തിലെ ചില ശ്ലോകങ്ങൾ കരന്യാസത്തിൽ വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് വിസ്തരിച്ച് മനസ്സിലാക്കാം എന്നാലും ബാക്കി ശ്ലോകങ്ങളൊക്കെ അതിൽ കണ്ടിട്ടുള്ളതാണ് അപ്പൊ കരന്യാസം മനസ്സിലാക്കി പിന്നെ ഭഗവത്ഗീത അർച്ചനയുണ്ട് മാനസപൂജ നമുക്കതിനെ നാളെ കാണാം ഭഗവത്ഗീത കരന്യാസം അതുപോലെ അഷ്ടോത്തര ശതനാമാവലി ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീതയിൽ ന്യാസം എന്ന ശബ്ദം നമ്മൾ മനസ്സിലാക്കിയത് ന്യാസം എന്ന് പറഞ്ഞാൽ ന്യസിക്കുക ഉപേക്ഷിക്കുക ത്യജിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ന്യാസം എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയാണ് ന്യാസം എന്നുള്ളതിന് നിധി എന്നാണ് നിധി എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ എന്ന് പറയുക അതാണ് നിധി സൂക്ഷിക്കുന്നതിനെയാണ് നിധി എന്ന് പറയാം നാശം വരാതെ കാലഹരണപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നതിനെയാണല്ലോ നമ്മൾ നിധി എന്ന് പറയാം അല്ലേ ബാങ്കിലിട്ടതിനെ ആരെങ്കിലും നിധി എന്ന് പറയാറുണ്ടോ ഇല്ല അപ്പൊ കരന്യാസം എന്ന് പറഞ്ഞാൽ എന്താ കയ്യിൽ സൂക്ഷിക്കേണ്ടുന്നത് കരത്തില് ഇരിക്കേണ്ടുന്നത് എന്ന് പറയാം മലയാളത്തിൽ നമ്മൾ പറയാറില്ലേ കയ്യിലിരിപ്പ് എന്ന് കയ്യിലിരിപ്പ് ഇതായിരിക്കണം എന്ന് പറയും ഏത് ഗീത കയ്യിലിരിപ്പ് ശരിയില്ലാത്തതുകൊണ്ടാണ് എന്ത് പറ്റിയവന് അവന്റെ കയ്യിലിരിപ്പ് ശരിയല്ല എന്ന് പറയും പറയാറുണ്ടല്ലോ അങ്ങനെ ഇവിടെ നമ്മുടെ കൈകളിലിരിക്കേണ്ടത് നിധിയായിട്ട് നാം കാത്തു സൂക്ഷിക്കേണ്ടതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇന്ന് കരന്യാസത്തിലൂടെ നമ്മൾ ഭഗവത്ഗീതയായി മാറാൻ പോവുക സ്വാമിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഒരു പ്രത്യേക തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് വന്നത് ഇല്ലേ ചിലരൊക്കെ വിചാരിക്കുന്നു അയ്യെ അറിഞ്ഞില്ലേ അറിഞ്ഞ ഇങ്ങനെ വരായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല ഇതെപ്പോഴാണ് നിങ്ങളിങ്ങനെ ആലോചിച്ചത് എന്നാണ് ചിലരെ സംബന്ധിച്ചു പക്ഷേ ഈ ഇവിടേക്ക് കയറിയതോടുകൂടി നമ്മൾ തയ്യാറായി എന്ന് പറയാം ചിലർ വളരെ വിശേഷ വിധിയാൽ വളരെ വിശേഷത്തോടുകൂടിയിട്ട് അവർ തയ്യാറായി എല്ലാ ഭാവത്തിലും രൂപത്തിലുമൊക്കെ അല്ലാതെ വന്നവരെല്ലാവരും തയ്യാറായിട്ടുള്ളവരാണ് അപ്പൊ ഇന്ന് നമ്മൾ ഭഗവത്ഗീതയെ ആവാഹിച്ച് പ്രതിഷ്ഠിക്കാൻ പോവുക നമ്മൾ ഗീതയായി മാറാനുള്ളൊരു ശ്രമം ഇവിടെ പറയുന്ന ശ്ലോകങ്ങളൊക്കെ നമ്മൾ അധ്യയനം ചെയ്ത് കഴിഞ്ഞതാണ് അതിനെയൊക്കെ ഒന്നുകൂടെ നമുക്ക് നോക്കാം സ്വാമി ചൊല്ലിത്തരാം നിങ്ങളൊന്ന് ഏറ്റുചൊല്ലണം എന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓം ശ്രീ ഗണേശായ നമഹം ശ്രീ ഗോപാലകൃഷ്ണായ നമഹ ഗീമാഗവദ്ഗീത ഭഗവാൻ വേദവ്യസഋഷ അീ ഭഗവത്ഗീതമാലമന്ത്ര ഭഗവാൻ വേദവ്യസ ആദ്യം തന്നെ ഭഗവത്ഗീതയാകുന്ന മാലാ മന്ത്രം എന്ന് പറയാ മാലാ മന്ത്രം എന്ന് പറഞ്ഞ മാല എന്ന് പറഞ്ഞാൽ അറിയാലോ ഹാരം എന്ന് പറയുക ഒരു എന്താ ഒരു പൂക്കളുടെ സമൂഹ ശ്രേണിയെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹാരം മാല എന്ന് പറയാ ഇവിടെ എന്താണ് ഭഗവത്ഗീതയാകുന്ന മന്ത്രങ്ങളുടെ മാലയാണ് എന്ന് പറയാം മന്ത്രങ്ങൾ എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചത് ശ്ലോകങ്ങൾ എന്നല്ല മന്ത്രങ്ങൾ എന്താ മന്ത്രവും ശ്ലോകവും തമ്മിൽ മന്ത്രം എന്ന് പറഞ്ഞാൽ മനനാത്രായതേ ഇതി മന്ത്രഹ മനനത്തിലൂടെ നമ്മെ കൊണ്ടുപോകുന്നത് ഭഗവത്ഗീതയിൽ എന്താ കടോപനിഷത്തിലൊക്കെയുള്ള മന്ത്രങ്ങളെ അങ്ങനെ തന്നെ ഇതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള എന്താ മന്ത്രങ്ങളുടെ മാലയാണ് ആരാണ് ഈ മാല കോർത്തിണക്കിയത് ഭഗവാൻ വേദവ്യാസ ഋഷി അപ്പൊ എങ്ങനെയാണ് ഭഗവാൻ വേദവ്യാസ ഋഷിയെ ഈ കരന്യാസത്തിൽ കരന്യാസം എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് ധ്യാനമാണ് ധ്യാനം കഴിഞ്ഞിട്ടാണ് കരന്യാസം കരന്യാസം കഴിഞ്ഞിട്ടാണ് ഹൃദയ ഹൃദയന്യാസം പിന്നെ വീണ്ടും ധ്യാനം അങ്ങനെയാണ് അതിൻ്റെ ക്രമം ആദ്യം തന്നെ ഈ കരന്യാസത്തിലൂടെ അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ നാം ആദ്യം തന്നെ എന്താ ഋഷിയെ ധ്യാനിക്കുന്നു ആരാണ് ഋഷി വേദവ്യാസ ഋഷി അപ്പൊ വേദവ്യാസ ഋഷിയെ നാം ഇവിടെ സ്മരിക്കുന്ന സമയത്ത് ആ സ്മരണയെ ഉണർത്തുന്നത് അതായത് നമ്മുടെ കരങ്ങളിലൂടെയാണ് അതിൽ കരത്തിലെ ചൂണ്ടുവിരൽ മോതിരവിരൽ ഇത് ഇങ്ങനെ ഇതിന് എന്താ മൃഗമുദ്ര എന്ന് പറയുമല്ലോ അല്ലേ മൃഗമുദ്ര കൊണ്ട് മൂർധാവില് തൊടുക എന്നാ ഒന്ന് ചെയ്തു നോക്കൂ ഓർമ്മയോട് കൂടിയിട്ട് ഇതങ്ങനെ തൊട്ടുകൊണ്ടാണ് ഈ മന്ത്രത്തെ നമ്മൾ ചൊല്ലുന്നത് എന്താ മന്ത്രം എന്താ ഓം അസ്യ ശ്രീ ഭഗവത്ഗീതാമാലാ മന്ത്ര ഭഗവാൻ വേദവ്യാസ ഋഷി ഇങ്ങനെ നിങ്ങൾക്ക് തൊടാൻ തൊടാതിരിക്കാം കേട്ടോ നിങ്ങളുടെ സൗകര്യം എന്ന് പറയുക ചിലപ്പോൾ ചിലർ ഇതിങ്ങനെ വയ്ക്കാതിരിക്കുമ്പോൾ അതെന്താ സ്വാമി അവർ വെച്ചില്ലല്ലോ നിങ്ങളത് നോക്കുകയേ വേണ്ട മറ്റുള്ളവരുടെ തലയിലല്ല നിങ്ങൾ കൈ വയ്ക്കേണ്ടത് അതെ അവനവൻ അവനവൻ്റെ വളരെ ശ്രദ്ധയോടുകൂടിയിട്ടെ ഓർമ്മയിരിക്കട്ടെ മൃഗമുദ്ര എന്ന് എഴുതി വയ്ക്കുക അപ്പം ഇതിൻ്റെ താല്പര്യത്തെ ഓർത്തുവയ്ക്കും ഭഗവാൻ വേദവ്യാസ ഋഷിയെ നമ്മൾ ശിരസിൽ ശിരസിൽ തൊട്ടുകൊണ്ട് മൂർധാവില് തൊട്ടുകൊണ്ട് നമ്മളാ എന്താ ഭഗവാൻ വേദവ്യാസ ഋഷിയെ സ്മരിക്കുന്നു എന്ന് പറയാം എന്തുകൊണ്ടെന്നാൽ ഏതൊരു ബോധം കൊണ്ടാണോ ഏതൊരു ബോധ ഏതൊരു ബോധം കൊണ്ട് അല്ലെങ്കിൽ ഏതൊരു ബോധത്തിലാണോ നാം ഈ കാര്യത്തെ അറിയാൻ ശ്രമം നടത്തുന്നത് ഈ ഗുരുവിൻ്റെ ഗുരുക്കന്മാരുടെ മുഴുവൻ പൂർവികന്മാരായിട്ടുള്ള ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ആ അനുഗ്രഹം മുഴുവൻ നമുക്ക് കിട്ടേണ്ടത് ഈ സ്മൃതി പദത്തിൽ അത് ഉണരേണ്ടതുണ്ട് എന്ന് പറയാം അതുകൊണ്ട് എൻ്റെ ബുദ്ധിയിൽ എൻ്റെ തലച്ചോറിൽ പൂർവന്മാരായ ഋഷീശ്വരന്മാരുടെ ആ ഋഷി പരമ്പരയിലെ അഗ്രഗണ്യനായ വേദവ്യാസ ഭഗവാൻ എൻ്റെ സ്മൃതിയിൽ ഉണരട്ടെ എന്ന് പറയാം അപ്പം ആ വ്യാസഭഗവാൻ എൻ്റെ തലവണ്ടയ്ക്കകത്ത് ഇവർ എല്ലാവരും ഉണ്ട് എന്ന് പറയാം പക്ഷേ പലപ്പോഴും നമ്മൾ അവരെയൊന്ന് ഉപയോഗിക്കുന്നത് കുറവാണ് അതുകൊണ്ട് വ്യാസഭഗവാനെ നമ്മൾ സ്മരിച്ചുകൊണ്ട് ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യുന്നു പിന്നെ പറഞ്ഞു എന്താണ് ആ അസ്യ വേദവ്യാസ ഋഷി അപ്പം ഈ ഭഗവത്ഗീത മാലാമന്ത്രത്തിന് ഭഗവാൻ വേദവ്യാസനാണ് ഇതിൻ്റെ ഋഷി തുടർന്ന് അനുഷ്ടു ചന്ദ അതേ മുദ്രയെ അനുഷ്ടു ചന്ദ നമ്മുടെ വായയുടെ ചുണ്ടിന്റെ നേരെ തൊടാതെ തന്നെ അനുഷ്ടു ചന്ദ ഈ ഭാവത്തിൽ അനുഷ്ടു ചന്ദ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്ലോകം ചൊല്ലുന്നു ചെയ്യുന്ന സമയത്ത് കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം മനസ്സുകൊണ്ടാണ് എന്ന് പറയാം ചന്ദതി ഹ്ലാദം കരൂതി ശ്രവ്യതയാ ഇതി ചന്ദ എന്ന് പറഞ്ഞാല് കേൾക്കുന്ന മാത്രയിൽ നമുക്ക് എന്തുണ്ടാവുന്നത് ആഹ്ലാദത്തെ ജനിപ്പിക്കുന്നത് അതേതോ അത് ഛന്തസ്സാണ് എന്ന് പറയാം പിന്നെ ഛന്ദസിനെക്കുറിച്ച് പറയുന്നത് വൃത്തത്തിൽ എഴുതപ്പെട്ടത് ഇതൊക്കെയാണ് ഛന്തസ് ഒരു പ്രത്യേക വൃത്തത്തിൽ എഴുതപ്പെട്ടത് ഛന്ദസ് ഛന്ദസ് എന്ന് പറഞ്ഞാൽ വേദം എന്നും സാരം അപ്പൊ അതിൻ്റെ കേന്ദ്രം എവിടെ പിന്നെ ഛന്ദസ് എന്ന് പറഞ്ഞാൽ സരസ്വതി എന്നുണ്ട് അതെവിടെയാണ് നാവിലാണ് എന്ന് പറയുക ഈ ഭഗവത്ഗീതയാണ് ഇനി എൻ്റെ നാവിൽ വരേണ്ടത് തസ്മാത്രം പ്രമാണം തേ കാര്യകാര്യ വ്യവസ്ഥിതോ എന്ന് പറഞ്ഞു അല്ലയോ ഭഗവൻ എൻ്റെ നാവിലേക്ക് ഇനി ഇതാ ഗീത ഞാൻ അധ്യയനം ചെയ്ത ഞാൻ ശ്രവിച്ച ഗീത ഇതാ വരട്ടെ എൻ്റെ നാവിൻ തുമ്പിൽ വെറും ബാഹ്യമായിട്ടുള്ളൊരു എന്താ ആചാരം അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം എന്ന നിലയ്ക്കല്ല നമ്മളിവിടെ ചെയ്യുന്നത് സ്വാമി അതുകൊണ്ടാണ് ഇതിന് ഓരോന്നിന്റെയും താല്പര്യം പറയുന്നത് നിങ്ങളിപ്പം ക്ഷേത്രത്തിലും ക്ഷേത്രത്തിലും അല്ലെങ്കിൽ തിരുമേനി ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടില്ലേ ഇതൊക്കെ തന്നെ അപ്പൊ വിചാരിക്കും എന്താ ഇദ്ദേഹത്തിന് എന്താ കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ പലരും കാണിക്കുന്നത് കാണിക്കുന്നു അപ്പൊ അതിന്റെ താല്പര്യം ഇതാണ് അപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ നമ്മുടെ ചെയ്തി പൂർണ്ണമായ അറിവോട് കൂടിയിട്ടാണ് അപ്പൊ ഞാൻ വേദവ്യാസ ഋഷിയെ സ്മരിക്കുന്ന സമയത്ത് എന്നിൽ ആ വ്യാസഭഗവാൻ ബുദ്ധിയിൽ ആ ബുദ്ധി ഗുഹയിൽ ഇരിക്കുന്ന വ്യാസഭഗവാൻ എന്റെ ബുദ്ധിയിൽ ഉണരട്ടെ ദിയോയോ എന്ന എന്നൊക്കെ പറഞ്ഞല്ലോ ബുദ്ധൗ ശരണം അന്വിച്ച ബുദ്ധിയെ ശരണം ഗമിച്ചാലും ഹേ അർജുന ആ വ്യാസ ഭഗവാൻ ഭഗവാന്റെ അനുഗ്രഹം ആ ആശയവുമായി താതാത്മ്യം പ്രാപിച്ച് അത് നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക് കരചരണങ്ങളിലേക്ക് വരുമ്പം അവിടെ വ്യാസ അനുഗ്രഹം നമുക്ക് കൈവരുന്നു എന്നാണ് അതിനാണ് ഞാൻ എൻ്റെ തലയ്ക്ക് തലയിൽ ഈ മുദ്ര ഞാൻ വ്യാസ ഉണർത്തിയത് വളരെ പ്രതീകാത്മകമായിട്ടുള്ളൊരു ചടങ്ങ് അതുപോലെ എന്താ ചന്ദസിൻ്റെ പ്രതീകമായിട്ടുള്ള സരസ്വതി ആ സരസ്വതി നാവിലാണ് അപ്പം ഭഗവത്ഗീതയാകട്ടെ എൻ്റെ വാക്ക് എൻ്റെ ഞാൻ എൻ്റെ സഹജനുമായി കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഞാൻ ഈ പഠിച്ച ശാസ്ത്രം ആ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കട്ടെ എന്ന് പറയാം അതാണ് അനുഷ്ഠു ചന്ദ ഇങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അനുഷ്ടു ചന്ദ ഒന്നും രണ്ടും ഓർമ്മയായാലോ ക്ലിയർ ഇനി അടുത്തത് ആരാണ് ഇതിലെ ദേവത പറയുന്നു ശ്രീകൃഷ്ണ പരമാത്മാ ദേവത എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മുഷ്ടി ചുരുട്ടിയിട്ട് ഹൃദയഭാഗത്ത് വെച്ചിട്ട് ശ്രീകൃഷ്ണ പരമാത്മാ ദേവത ശ്രീകൃഷ്ണ പരമാത്മാവാണ് ദേവത അടുത്തത് ഭഗവാനെ തന്നെ ശ്രീകൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാ ദേവത അപ്പം മുഷ്ടി ചുരുട്ടിയിട്ട് ഹൃദയഭാഗത്ത് വെച്ചുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മ ദേവത ഓർമ്മയുണ്ടാവുമല്ലോ ഒന്ന് രണ്ട് മൂന്ന് എഴുതി വെച്ചോളൂ ഒന്ന് ഒന്ന് മൃഗമുദ്ര കൊണ്ട് ശിരസിൽ അപ്പം ഇപ്പം കേൾക്കുമ്പോൾ ഓർമ്മയായി എന്ന് തോന്നും പക്ഷെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ സംശയമാവും തമാശയോടുകൂടിയല്ല സ്വാമി പറയുന്നത് കാര്യമായിട്ട് പറയണം ഒന്നാമത്തത് രണ്ടാമത്തത് മൂന്നാമത്തത് മനസ്സിലായല്ലോ അതിൻ്റെ താത്പര്യം മനസ്സിലായല്ലോ ഹൃദയത്തില് ഹൃദ്ദേശേ അർജുന തിഷ്ടതി ഹേ അർജുന ഞാൻ സ്ഥിതി ചെയ്യുന്നത് എല്ലാറ്റിൻ്റെയും ഹൃദയത്തിലാണ് കേന്ദ്രമായി ഞാൻ നിലകൊള്ളുന്നു അല്ലയോ ഭഗവൻ ആ ഒരു ഭാവത്തിൽ ഇത് വളരെ രസമാണ് കേട്ടോ ഇതിങ്ങനെ ഈ ഗീത പഠിച്ചിട്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ ശരിക്കും വളരെ ആനന്ദം ഉണ്ടാവുന്നുവെന്നാണ് ഓരോ മന്ത്രങ്ങളും ഇനി വരുന്ന മന്ത്രത്തിലൂടെ ഇനി അടുത്ത കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് നോക്കാം ആ ഒരു ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വലിയൊരു തൃപ്തി ഉണ്ടാവുമെന്ന് പറയാം ശ്രീകൃഷ്ണ പരമാത്മാ ദേവത അടുത്തത് ശ്രദ്ധിക്കൂ അശോച്യാൻ അന്വശോചസ്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഇതി ബീജം അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഇതി ബീജം ബീജം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനാൽ ധരിക്കപ്പെടുന്നത് കൊണ്ട് ബീജം എന്നാണ് ബീജത്തിന് പറയുന്നത് ബീജത്തെ അനേന ഇതി ബീജ ബീജത്തെ അനേന ഇതി ബീജ ഇതിനാൽ ധരിക്കപ്പെടുന്നു എന്ത് ഗർഭം ധരിക്കപ്പെടുന്നു അശോച്യാൻ അന്വശോചസ്വം എന്ന ശ്ലോകമാണ് ഇതിൻ്റെ ബീജം എന്ന് പറയുക അതിൻ്റെ വിത്ത് അതിൽ നിന്നാണ് ഗീത വളർന്നത് എന്ന് പറയാം എല്ലാറ്റിൻ്റെയും വിത്ത് അത് തന്നെയാണ് വിത്ത എന്ത് ഗംഭീരായിട്ട ആരേത് ഋഷി ആരാണ് ഏത് ആചാര്യനാണ് ഈ കരന്യാസം രചിച്ചതെന്നറിയില്ല അറിയോ മാഷെ അറിയില്ല ആരാന്നറിയില്ല എന്ന് പറയാം നമ്മുടെ നമ്മൾ പലരോടും ചോദിച്ചിട്ടുണ്ട് ആർ ആർക്കും അറിയില്ല രാണ് ഇത് ഈ ന്യാസം ഗീതാ ന്യാസം രചിച്ചത് എന്ത് തന്നെയായാലും എന്താ പറയുക അതിൻ്റെ ആഴങ്ങള് കുറച്ചൊന്നുമല്ല എന്ന് പറയാം അതിൽ ബീജമായി പറഞ്ഞിരിക്കുന്നത് ആ എങ്ങനെയാണ് ഇതിനെ എന്താ ഇതിൽ നിന്നും മുളച്ചത് കൊണ്ട് ബീജം എങ്ങനെയാ മൃഗ ഈ മൃഗമുദ്ര ഈ ശ്ലോകത്തെ എന്താ ചൊല്ലിയിട്ട് നമ്മളെ പൊക്കിളിലാണ് വെക്കേണ്ടത് എന്ന് പറയാം പൊക്കിൾ സ്ഥാനത്ത് പൊക്കിൾ എന്ന് പറഞ്ഞു നിങ്ങൾ തെരഞ്ഞു പിടിച്ചിട്ടല്ല ആ സ്ഥാനത്ത് അതുകൊണ്ട് അതിനുവേണ്ടി ഒരു ശ്രമമൊന്നും നടത്തേണ്ടതാണ് എന്താണ് ആലോചിച്ച് നോക്കൂ പൊക്കി ബീജസ്ഥാനമാണെന്നാണ് അവിടുന്നാണല്ലോ താമര പ്രളയം പോയിട്ട് ഇല്ലേ മാത്രമല്ല അമ്മയുമായിട്ടുള്ള ബന്ധം അതൊരു വേരണെന്ന് പറയാം വേരാണ് അവിടെയാണ് കൊണ്ടുപോയിട്ട് ഏത് ശ്ലോകം ഫിറ്റാക്കി എന്താ പറയുക ഉറപ്പിച്ചിരിക്കുന്നത് അശോചിയാൻ അന്വശോചസ്തും പ്രജ്ഞാവാദാംശ ഭാഷ ഭഗവാൻ ഇതിൽ എന്താ ഉപദേശ രൂപത്തിൽ അർജുനനോട് ആദ്യം പറയുന്നത് ശ്ലോകം എന്താണ് ദുഃഖിക്കാൻ പാടില്ലാത്തവരെക്കുറിച്ച് നീ ദുഃഖിക്കുന്നു എന്നിട്ടോ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു നമ്മുടെ പ്രശ്നങ്ങളുടെ മുഴുവൻ ബീജം ഇതാണ് വേറെ ഒന്നുമല്ല ദുഃഖിക്കേണ്ടാത്തതിനെക്കുറിച്ച് നാം ദുഃഖിക്കുന്നു എന്നിട്ടോ വലിയ അറിവുള്ളവനെ പോലെ സംസാരിക്കണം ഇത് രണ്ടും ഒരുമിച്ചിരിക്കില്ല എന്ന് പറയും പക്ഷേ ഇതാണ് നിന്നിലെ ബീജമായി നിലകൊള്ളുന്നത് അജ്ഞാനം പണ്ഡിതന് ദുഃഖമില്ല എന്ന് അത് പറഞ്ഞിട്ടുണ്ട് ആരാ പണ്ഡിതൻ ആത്മവിഷയ ആത്മവിഷയ ജ്ഞാനിയായിട്ടുള്ള ആത്മവിഷയ തത്പരനായിട്ടുള്ളവൻ അവനാണ് പണ്ഡിതൻ ഭഗവത്ഗീതയുടെ ഈ കരന്യാസത്തിലെ ബീജമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അശോച്യ നമുക്ക് നോക്കാം മൃഗമുദ്ര കൊണ്ട് അശോച്യാൻ അന്വശോചസ്വം പ്രജ്ഞാവാദാംശ്ചാഷസേ ഇതി ബീജം മനസ്സിലായല്ലോ അശോച്യാൻ അന്വശോചസ്വം ഭഗവത്ഗീതയുടെ ഈ കരന്യാസത്തിലെ ബീജമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അശോച്യ നമുക്ക് നോക്കാം മൃഗമുദ്ര കൊണ്ട് അശോച്യാൻ അന്വശോചസ്വം പ്രജ്ഞാവാദാംശ്ചാഷസേ ഇതി ബീജം മനസ്സിലായല്ലോ അടുത്തത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ ഇതി ശക്തി ശ്രദ്ധിക്കുക അശോച്യാൻ അന്വശോചസ്വം പ്രജ്ഞാവാദാംശ ഭാഷസേ എന്നുള്ളത് രണ്ടാം അധ്യായത്തില് പതിനൊന്നാമത്തെ ശ്ലോകമാണ് ഓർമ്മ വേണം സ്വാമി ആ സമയത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ശ്ലോകം ആ ശ്ലോകത്തെ മുഴുവൻ ബീജമായി കാണേണ്ടതുണ്ട് അതിൽ ഭഗവാൻ പറയുന്നത് അർജുനനോട് പറയുന്നതും ഭഗവാൻ ഒന്നാം അധ്യായം മുഴുവൻ ശ്രവിച്ചതിന് ശേഷം അർജുനനെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടതിന് ശേഷം ഭഗവാൻ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കാര്യമാണ് അല്ലെങ്കിൽ നമ്മളോട് തന്നെ നമ്മളെ മുഴുവൻ കേട്ടുകഴിഞ്ഞാൽ ഭഗവാൻ പറയാനുള്ളത് ഇതാണ് എന്ന് പറയാം അടുത്തത് ആ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ ഇത് ശക്തി ഇതാണ് അതിൻ്റെ ശക്തി എന്ന് പറയാം അപ്പൊ ഇതിന് ഒരു ശക്തിയായിട്ട് പറഞ്ഞിരിക്കുന്നു ഇത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് പതിനെട്ടാം അധ്യായത്തിൽ അറുപത്തിയാറാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകം നമ്മൾ എടുത്തിട്ടില്ല ആചാര്യസ്വാമികളും അതുപോലെ മറ്റ് പല ആചാര്യന്മാരും ഈ ശ്ലോകത്തിനാണ് ഏറെ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുള്ളത് ഒരുപാട് വ്യാഖ്യാനിച്ചിരിക്കുന്നു വേദികൾ ഒരുപാട് ചെലവഴിച്ചിട്ടുള്ളത് ഈ ശ്ലോകത്തിന് കാണാമെന്ന് പറയും സർവധർമാൻ പരിത്യജ്യ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ശ്ലോകവുമാണ് നമുക്ക് തോന്നുന്ന സ്വാമി ഇപ്പൊ അതിനെക്കുറിച്ച് വിസ്തരിക്കുന്നില്ല കാരണം ആ സമയത്ത് അതിനെക്കുറിച്ച് പറയാം സർവധർമാൻ പരിത്യജ്യ എല്ലാ ധർമാധർമ്മങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് മാം ഏകം ശരണം പ്രജ എന്നെ ഏകനായ ആ സദ്വസ്തുവായ എന്നെ ശരണം പ്രാപിക്കൂ അതായത് ഭഗവാനെ ശരണം പ്രാപിക്കുക മറ്റുള്ളതിനെ മുഴുവൻ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റി എന്താ പറയുക തെറ്റിദ്ധാരണയ്ക്ക് വകയുണ്ട് അല്ല സ്വാമി വീടും കൂടി എല്ലാ ഉപേക്ഷിക്കലാണോ ഉപേക്ഷിക്കൽ എന്ന് പറഞ്ഞാല് ആ സ്ഥായിയായതിനെ സ്ഥിരമായതിനെ സ്വീകരിച്ച് അസ്ഥിരമായതിൽ സ്ഥിരബുദ്ധി വയ്ക്കാതിരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ വലിയ കുഴപ്പമൊന്നുമില്ല മനസ്സിലാക്കുന്നതിൽ സർവധർമാൻ പരിത്യജ്യ എന്ന് പറയുമ്പം ജോലിയും വീടും ഒക്കെ ഉപേക്ഷിച്ചിട്ട് മാമേഘരണം പ്രജ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അമ്പലനടയിൽ പോയിരിക്കാനല്ല പറഞ്ഞത് ഏതെങ്കിലും ആശ്രമത്തിൽ പോവാനോ ഹിമാലയത്തിലേക്ക് പോവാനോ അല്ല പറഞ്ഞത് യാഥാർത്ഥ്യമായിട്ടുള്ള എന്നെ ആ നിത്യവസ്തുവായ എന്നെ അറിഞ്ഞ് മറ്റുള്ളതിലൊക്കെ നീ നിന്റെ മനസ്സിനെ ഉപേക്ഷിക്കൂ ഇതെന്താണ് അതതിൻ്റെ ശക്തി ശക്തി അതെ മൃഗമുദ്ര കൊണ്ട് തന്നെ പൊക്കളിന് താഴെ ശക്തി എന്ന് പറയാം ഇത് ശക്തി തുടർന്ന് അഹം ത്വാസപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുജ ഇതി കീലകം കീലകം ഓരോന്ന് പറയുന്നത് മനസ്സിലാക്കുക ശക്തി ബീജം ഛന്തസ് അതുപോലെ ഋഷിയുടെ വ്യാസനെ ഉണർത്തുന്നത് കീലകം എന്ന് പറഞ്ഞാൽ കീലകം എന്ന് പറഞ്ഞാൽ ഈ കുറ്റി എന്ന് കേട്ടിട്ടുണ്ടോ കുറ്റി അങ്ങനെ അടിച്ചിറക്കില്ലേ നമ്മുടെ ഒരു ഈ പശുവിനെയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് അതിനെയാണ് കീലകം എന്ന് പറയുക കാരണം അതിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാം കീലകം അടിച്ചുറപ്പിച്ചിരിക്കുന്നത് കീലകം അതെവിടെയാണ് പറയണു മൃഗമുദ്ര കൊണ്ട് തന്നെ കാൽപാദങ്ങൾ രണ്ടും തൊടുക കാൽപാദത്തെ രണ്ടിനെയും അതിലാണ് നമ്മൾ നിലകൊള്ളുന്നത് എന്ന് പറയാം ഏതില് അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച ഞാൻ നിന്നെ നിന്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറയാം ഭഗവാൻ പറഞ്ഞു നിന്നും നിന്നെ ഞാൻ മോചിപ്പിക്കാം സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുജ ഭഗവാൻ ഈ ശ്ലോകത്തിൽ ഈ ശ്ലോകം കൊണ്ട് ഗീത ഉപസംഹരിക്കുകയാണ് ഭഗവത്ഗീതയിൽ പിന്നീട് അങ്ങോട്ട് മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്നേ ഉള്ളൂ അപ്പൊ മാ ശുജ ദുഃഖിക്കാൻ അവകാശമില്ല എന്ന് പറയാം വേണ്ട ദുഃഖിക്കേണ്ടതില്ല ഞാൻ ഏറ്റു ഇതിൽ നമുക്ക് നിലകൊള്ളാൻ ശീലകമായിട്ട് നാം ഉറപ്പിച്ചിരിക്കേണ്ടത് നമ്മുടെ നമ്മളെ കൊണ്ടുപോയി കെട്ടേണ്ടുന്ന ശ്ലോകമാണിത് മനസ്സിലാവുന്നുണ്ടോ എന്നെ കൊണ്ടുപോയി കെട്ടിയിടേണ്ടത് ഏതിലാണ് ഇതിലാണ് കെട്ടിയിടേണ്ടത് ഇങ്ങനെയാണ് ഇതിനെ എടുക്കേണ്ടത് വെറുത്തെ യാന്ത്രികമായിട്ട് ഇത് ചെയ്യുക എന്നുള്ളതല്ല എന്നെ കെട്ടിയിടേണ്ട ശ്ലോകമാണ് പശുവിനെ എങ്ങനെയാണോ ഒരു കുറ്റി അടിച്ചുറപ്പിച്ച് കയറുകൊണ്ട് കെട്ടിയിടുന്നത് എന്നെ പല കെട്ട് പല പാശബന്ധങ്ങളുണ്ടല്ലോ പല പാശങ്ങളുണ്ട് നമുക്ക് പുത്രൻ ഭാര്യ ഇത്യാദി സ്വത്ത് അത് ഈത് ഇങ്ങനെ പലത് പക്ഷെ നമ്മളെ കെട്ടിയിടുന്നത് ഇതിലായിരിക്കട്ടെ എന്ന് പറയാം ഇനിയാണ് കരന്യാസം തുടങ്ങുന്നത് കരന്യാസം നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകുഷ്ടാഭ്യം നമ അങ്കുഷ്ടാഭ്യാം നമഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കുഷ്ടാഭ്യാം എന്ന് പറഞ്ഞാൽ പെരുവിരൽ ഓരോന്ന് ഓർത്തുവെച്ചോളൂ അങ്കുഷ്ടാഭ്യാം പെരുവിരൽ പിന്നെ അടുത്തത് അതിൻ്റെ എങ്ങനെയാണ് ആ കരന്യാസം ചെയ്യേണ്ടുന്നത് സ്വാമി പറഞ്ഞുതരാം ആദ്യം നമുക്ക് ശ്ലോകങ്ങളെ ഒന്ന് പരിചയപ്പെട്ട് ഈ എന്താ ഇതൊന്ന് പരിചയപ്പെടാം നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകുഷ്ടാഭ്യാം നമ നൈനം ചിന്തന്തി ശസ്ത്രാണി എവിടെയാണ് രണ്ടാം അധ്യായത്തിൽ ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം ആണെങ്കിൽ എഴുതി വെച്ചോളൂ നനം ചിന്തന്തി ശസ്ത്രാണി ശസ്ത്രങ്ങൾ ഇതിനെ മുറിവേൽപ്പിക്കില്ല ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വിരൽ ഓർമ്മയിരിക്കട്ടെ എന്ന് പറയാം എന്തൊരു എന്താ പറയുക എന്ത് അത്യുദാത്തമായ ഭാവനയിൽ നിന്ന് ഈ കരന്യാസം ശരം തൊടുക്കുമ്പം ഓർത്തോളാനാണ് നൈനം ചിന്തന്തി ശസ്ത്രാണി നിന്റെ ശസ്ത്രങ്ങൾക്കൊന്നും ഇതിനെ മുറിവേൽപ്പിക്കാൻ സാധ്യമല്ലെന്ന് നീ ഏത് കാട്ട് കുറുക്കനെ അമ്പെങ്കിലും ആ ബോധസത്തയിലേക്ക് ആത്മാവിലേക്ക് ആ ശരത്തിന് പ്രവേശനമില്ല ഓർത്തുകൊള്ളുക ഈ അറിവോടുകൂടി എയ്യുന്ന അമ്പുകളൊന്നും അവനെ ഒരിക്കലും അവൻ അവനെ പാപിയാക്കുന്നില്ല എന്ന് പറയുക അപ്പൊ ഈ കരന്യാസം നമുക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ എന്താ പറയുക അതിനെ അത്രയും സംഗ്രഹിച്ച് ആ ഒരു അറിവിൽ നിന്ന് ആ ധ്യാന ധ്യാനാവസ്ഥിത മനസ്സിൽ നിന്ന് ആവിർഭവിച്ചതാണ് ഉണ്ടോന്ന് ആലോചിച്ച് നോക്കൂ ആ ശ്ലോകത്തിന്റെ മഹത്വം എന്താണ് ശസ്ത്രങ്ങൾ അതിനെ മുറിവേൽപ്പിക്കുന്നില്ല നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഹ അഗ്നി അതിനെ ദഹിപ്പിക്കുന്നില്ല ഇതി അങ്കുഷ്ടാഭ്യാം നമഹ ഇങ്ങനെ പെരുവിരലിന് അങ്കുഷ്ടാഭ്യാം നമഹ എന്ന് പറഞ്ഞാൽ നമസ്കാരം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നാണെങ്കിൽ ചൂണ്ടു വിരലുകൊണ്ട് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ ഒരു വരയുണ്ടല്ലോ ഈ വര വരെ ഇങ്ങനെ മുകളിലേക്ക് ഒരു മടക്കില്ലേ നിങ്ങളുടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാതിരിക്കണമെങ്കിൽ വിരലെല്ലാവർക്കും ഉണ്ടല്ലോ പെരുവിരലും ഇല്ലാത്തവരെ മാറ്റി വെച്ചേക്കോ ഇവിടെ ഒരു വര ഇത് കാണുന്നില്ലേ മടക്ക് ചൂണ്ടു വിരൽ എന്നാണ് ഇതിന് പറയുക ഇത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഈ വര വരെ കണ്ടിട്ടില്ലേ തിരുമേനിമാരൊക്കെ ഓരോന്ന് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ ഇത് മുകളിലെ ഇവിടുന്ന് ഇങ്ങനെ അടിയിൽ നിന്ന് തുടങ്ങി ഇതുവരെ എത്തും അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ഇത്യങ്കുഷ്ടാഭ്യാം നമ ഒന്ന് കുറച്ചൊന്ന് കയറിപ്പോയാൽ സ്വാമി ആകെ പ്രശ്നമാവുക അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇത് പറഞ്ഞോന്നേ ഉള്ളൂ കാരണം അതതിൻ്റെ കേന്ദ്രങ്ങളാണ് ഇതിൻ്റെ ഇത് രചിച്ച ആള് കൈമാറ്റം ചെയ്യപ്പെട്ട് അതിൻ്റെ പൂർണ്ണമായ ഭാവത്തോടുകൂടി ഒരു എന്താ പരമ്പരയാൽ ഇത് കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല സ്വാമിക്കറിയില്ല ഏതായാലും ഭഗവത്ഗീത സമ്പൂർണ്ണമായിട്ട് ജ്ഞാനയജ്ഞം നടത്തുന്ന സമയത്ത് കുറേ കഴിഞ്ഞ സമയത്താണ് ചില പഴയ പുസ്തകങ്ങളിൽ പഴയ വ്യാഖ്യാനങ്ങളിലാണ് ഈ കരന്യാസമൊക്കെ ഉള്ളത് കരന്യാസം കണ്ടപ്പം ഇത്ര ഈ നമുക്ക് തോന്നി ഇതിപ്പോ എങ്ങനെയാ ഇതിനെ ഇതിന്റെ മറ്റു പലതിനും കരന്യാസമുണ്ടല്ലോ ഈ ദേവത ഈ പൂജ ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ അപ്പൊ ഈ മന്ത്രങ്ങളെ ഈ ശ്ലോകങ്ങളെ കൊണ്ടൊക്കെയാണല്ലോ ഇത് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ഇതൊന്ന് പഠിക്കുക അങ്ങനെ പിന്നീട് വേറൊരു ആചാര്യൻ്റെ ആചാര്യൻ്റെ അടുത്ത് പോയിട്ടാണ് ഇത് പഠിച്ചത് അപ്പൊ ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അപ്പോഴാണ് സ്വാമിജി അതിനെക്കുറിച്ച് ഇത് ഗംഭീരാണ് ഏതെങ്കിലും ഒരു ശ്ലോകം ഏതെങ്കിലും ഒരു അധ്യായം മാത്രം ശ്രവിച്ച് കരന്യാസം കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൗന്ദര്യം മനസ്സിലാവില്ല അപ്പം ഇതൊരു എന്താ ഓർമ്മപ്പെടുത്തലും കൂടെയാണെന്ന് പറയാം കൈകളെ കൈകളിലാണല്ലോ നമ്മൾ കൈകളെ കൊണ്ടാണല്ലോ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് ഓർമ്മിപ്പിക്കുന്നു ശാസ്ത്രത്തിന് മുറിവേൽപ്പിക്കാനോ അതുപോലെ അഗ്നിക്ക് ഇതിനെ ദഹിപ്പിക്കാനോ എന്തെങ്കിലുമൊക്കെ തീ കൊടുക്കാൻ പുറപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊന്നും സാധ്യമല്ല ആത്മാവിനെ തൊടാൻ ഇതിന് കഴിവില്ല ആ അറിവ് അറിവിൽ തന്നെ ഇതൊക്കെ ചെയ്തോളൂ തുടർന്ന് നൈനം ന ചൈനം ക്ലേദയന്യാബോ ന ശോഷയതിമാരുത ഇതി തർ തർജന്യാഭ്യാം നമഹ എന്ന ച ഏനം ക്ലേതയന്തി ആപഹ ന ശോഷയതി മാരുതഹ ഇതി തർജന്യാഭ്യാം നമഹ വെള്ളം വെള്ളത്തിന് ഇതിനെ കുതിർക്കാനോ നനയ്ക്കാനോ വായുവിന് ഇതിനെ ശോഷിപ്പിക്കാനോ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടുവിരലിന് നമസ്കാരം ഇപ്പൊ ചൂണ്ടുവിരല് ചൂണ്ടുവിരലിന്റെ ഈ ന്യാസം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ തള്ളവിരലിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുഗൾ ഭാഗം വരെ ടുത്തത് ഇതുപോലെ അതിൻ്റെ അടുത്തത് ഇതുപോലെ അതിൻ്റെ അടുത്തത് ഇതുപോലെ ഇതോ ഇതിങ്ങനെ മനസ്സിലായല്ലോ ചൂണ്ടുവിരലുകൊണ്ട് ആദ്യത്തെ തള്ളവിരലിൻ്റെ എന്താ ആമുകളിലെ വര വരെ പിന്നെ തള്ളവിരലുകൊണ്ട് ഇവിടുന്ന് തുടങ്ങി ഇതുവരെ പിന്നെ ഓരോ വിരലുകൾക്ക് സ്വാമി ഒരുമിച്ച് പറഞ്ഞു എന്നേ അടുത്തത് പറയാം അപ്പം നചൈനം ക്ലേദയന്ത്യാബോ നശോഷയതി മാരുത ഇത് തർജന്യാഭ്യാം നമ തുടർന്ന് അത് രണ്ടാമധ്യായത്തിൽ ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം അതിൻ്റെ ആദ്യ രണ്ടാമത്തെ പകുതിയും തുടർന്ന് രണ്ടാമധ്യായത്തിലെ ഇരുപത്തി നാലാമത്തെ ശ്ലോകമാണ് അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോശോഷ്യ ഏവച്ചതി മധ്യമാഭ്യം നമ അയം അച്ചേദ്യ ഇതിനെ ഇതിനെ മുറിവേൽപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറയാം മാത്രമല്ല ഇതോ അച്ചേ അച്ചേദ്യോയം അയം അതാഹ്യഹ ഇതിനെ ദഹിപ്പിക്കാൻ സാധ്യമല്ല അക്ളേദ്യ അശോഷ്യ ഏവച ഇത് ശോഷിപ്പിക്കാൻ പോന്നതല്ല എന്നിട്ടോ മദ്യവിരലിന് നമസ്കാരം അതെങ്ങനെയാ അടിയിൽ നിന്ന് മുകളിലേക്ക് എന്ന് പറയാം അതിൻ്റെ അർദ്ധഭാഗം നിത്യ സർവഗതസ്താണുരജലോയം സനാതന ഇത്യനാമികാഭ്യാം നമ അത് മോതിരവിരലിന് പെരുവിരൽ കൊണ്ട് അടിയിൽ നിന്ന് മുഗൾ വരെ അതിനെ എന്താ തലോടിക്കൊണ്ട് തലോടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴിഞ്ഞുകൊണ്ട് എന്ന് പറയും പശ്യനേ പാർത്ഥ രൂപാണി അതിൻ്റെ അർത്ഥം അറിയാലോ നിത്യ സർവകഥ ആത്മാവ് നിത്യനാണ് ഞാൻ നിത്യനാണ് സർവകഥ എല്ലായിടത്തും ഉള്ളതാണ് നിത്യ സർവകഥ സ്ഥാണുഹു ഉറച്ചു നിൽക്കുന്നു അചലഹ അത് ഇളക്കമില്ലാത്തതാണ് അയം സനാതനഹ എന്നും ഉള്ളതാണ് ഇതൊക്കെയാണ് കൈകളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതൊക്കെയാണ് കൈവിരലുകളെ ബോധ്യപ്പെടുത്തുന്നത് കൈവിരലിനോട് പറയുകയാണ് ഇതാണ് എന്ന് ഓരോ വിരലിനോടും പശ്യമേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശ ഇതി കനിഷ്ഠികാഭ്യാം നമ അവസാനം ചെറുവിരലിനായിട്ട് നമസ്കാരം അതും ഇതുപോലെ മുകൾ ഭാഗം വരെ ഈ ശ്ലോകം വളരെ ഗംഭീരാണ് പതിനൊന്നാം അധ്യായത്തിൽ അഞ്ചാമത്തെ ശ്ലോകം പശ്യമേ പാർത്ത ഹേ പാർത്ത പശ്യ കണ്ടാലും എന്താണ് എൻ്റെ രൂപങ്ങൾ എങ്ങനെയുള്ള നൂറ് കണക്കിന് ആയിരക്കണക്കിന് എന്ന് പറയാം കാരണം നീ കാണുന്ന രൂപങ്ങളെല്ലാം തന്നെ എന്ത് ഭഗവാൻ്റെ ആ ദിവ്യമായ വിഭൂതിയെ ഭഗവാൻ അവതരിപ്പിക്കുന്ന സമയത്താണ് ഇത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അവസാനം ചെറുവിരലിലേക്ക് ഭഗവാന്റെ ആ വിശ്വരൂപത്തെ ഭൂതിയല്ല വിശ്വരൂപത്തെയും കൂടെ ആവാഹിച്ച് അതിൽ ആ ചെറുവിരലിൽ പ്രതിഷ്ഠിക്കുക ആരെങ്കിലുമൊക്കെ ഈ കരന്യാസമൊക്കെ പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ തോന്നും ഇങ്ങനെയൊന്നുമല്ല അങ്ങനെ തോന്നാം എന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ മെല്ലെ പറഞ്ഞു തരും ഇങ്ങനെയല്ല ഇത് സ്വാമി പഠിച്ച രീതിയാ നമ്മൾ ഈ പഠിച്ചിട്ടുള്ള ഈ കാര്യത്തിൽ നമുക്ക് ഈ ചേഷ്ടയേക്കാൾ ഈ ഒരു അംഗചലനത്തേക്കാൾ സ്വാമി ഇതിന് ഊന്നൽ കൊടുക്കുന്നത് ഇതിനെ ഈ നമ്മുടെ അംഗവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചില ശ്ലോകങ്ങളുണ്ട് അതാണ് ഋഷിയുടെയും താത്പര്യം അതിലിപ്പോൾ ചെറിയ പശകുകൾ ഒന്ന് ഇതുവരെയല്ല അത് ഇതുവരെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് സ്വാമി വാശി പിടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊരു തർക്കം നടത്താനോ ആളല്ല എന്ന് പറയാം അതുകൊണ്ട് നിങ്ങളും ആ വഴിക്ക് പോകരുത് ഇപ്പം ഓരോ സ്ഥലങ്ങളിൽ മാറ്റമുണ്ട് ഇപ്പം നമ്മുടെ കേരളീയ നമ്പൂതിരി സമ്പ്രദായമല്ല നോർത്തിൽ പോയി കഴിഞ്ഞാൽ കാണും നോർത്തിൽ അതൊക്കെ വേറെ നോർത്തിലിപ്പം നിങ്ങൾ കാണുന്ന ഒരു ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയെ നിങ്ങൾക്ക് തന്നെ നേരിട്ട് അങ്ങോട്ട് പോയിട്ട് പൂജിക്കാം നിങ്ങൾക്ക് തന്നെ നേരിട്ട് അഭിഷേകാദികളൊക്കെ ചെയ്യാം പക്ഷേ കേരളത്തിൽ അത് അനുവദിക്കില്ല ഇനി ആ പ്രധാനമൂർത്തിയുടെ തലയിൽ വെച്ചിരിക്കുന്ന കിരീടം എടുത്തുകൊണ്ടുവന്നിട്ട് നമ്മുടെ തലയിൽ ഒന്ന് വെച്ചിട്ട് അയാളെ ദക്ഷിണിയും മേടിച്ചിട്ട് അത് വീണ്ടും അവിടെ കൊണ്ടുപോയ്ക്കും അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ അല്ലേ നമ്മുടെ ക്ഷേത്രങ്ങളിൽ അത് ചെയ്യോ ഭഗവാന്റെ തലേന്ന് ഒരു സാധനം എടുത്തിട്ട് നമ്മുടെ തലയിൽ വെച്ചിട്ട് വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരുവേനയുടെ പണി പോവും അല്ലേ അത് അത് നമ്മുടെ രീതിയിൽ അനുവദിക്കില്ല എന്ന് പറയാം അപ്പം ഈ നോർത്തും സൗത്തും ആയിട്ടുള്ള അത്തരത്തിലുള്ള വേദങ്ങളൊക്കെ ഉണ്ടാവും പൂജാവിധികളിലും ഈ കരന്യാസത്തിലുമൊക്കെ അതുകൊണ്ട് നിങ്ങൾ അത്തരം കാര്യങ്ങളിലൊന്നും അധികം പോയിട്ട് തലയിടരുത് അങ്ങനെ അവരങ്ങനെ പറഞ്ഞു തരികയാണ് ഈ ശരി അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞാൽ മതി സ്വാമി പറയുന്നതിൻ്റെ താത്പര്യം നിങ്ങൾ ശ്രദ്ധാപൂർവം ഉൾക്കൊള്ളുക ഭഗവത്ഗീതയെ നമ്മൾ ഹൃദയത്തിലേക്കും മൂർധാവിൽ അതിൻ്റെ ഋഷിയെ ഉണർത്തലും അതുപോലെ കരചരണങ്ങളിലേക്ക് അത് ചരണത്തിൽ നമ്മളതിനെ കീലി എന്താ പറയുക കീലകം എന്ന് പറഞ്ഞാൽ അതിനെ ആണിയടിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞു അതൊക്കെ കരചരണങ്ങളിലേക്ക് ആവാഹിക്കുന്നതാണ് ഈ കരന്യാസം അതുകൊണ്ടൊരു വാദ കോലാഹലത്തിനോ തർക്കത്തിനോ നാളെ പൂജാരിപ്പണി ചെയ്ത് എന്നാൽ ഗീതാന്യാസം കരന്യാസം നടത്തിയിട്ട് ഞാൻ ഈ പ്രശ്നം തീർത്ത് തരാമെന്ന് പറഞ്ഞ് വഴിപാട് ഹോമാദികൾക്കോ ഈ ഇതിനൊന്നുമല്ല ഇതിൻ്റെ പിറകിലെ താത്പര്യം എന്ന് പറയാം നമ്മൾ ഗീതയാണ് എന്ന് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാനുള്ളതാണ് ഇത് അതുകൊണ്ടാണ് പൂർവന്മാർ ഇത് ചെയ്തതെന്ന് പറയാം അതുകൊണ്ട് ആ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കട്ടെ അത്തരത്തിൽ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 ഭൂതിയല്ല വിശ്വരൂപത്തെയും കൂടെ ആവാഹിച്ച് അതിൽ ആ ചെറുവിരലിൽ പ്രതിഷ്ഠിക്കുക നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതി നിരതല കരപൃഷ്ടാഭ്യാം നമ ശ്ലോകം അറിയാം നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതി ഇത് തന്നെ പതിനഞ്ചാം അധ്യായത്തിൽ അല്ല ക്ഷമിക്കണം പതിനൊന്നാം അധ്യായത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇത് എന്താ ഇടത് കൈ രണ്ട് കൈ ഈ ഇടത് കൈ എടുത്തിട്ട് ഇത് ഇത് ഇതിനൊരു രണ്ട് സമ്പ്രദായം കാണുന്നുണ്ട് അതുകൊണ്ട് സ്വാമി ഈ ഈ ഇത് ഇതിനെക്കുറിച്ച് ഓർത്തപ്പോഴാണ് ഇങ്ങനെ വന്നത് ഇതിലൊന്ന് കാണുന്നത് ഇടത് കൈ കൊണ്ട് വലത് കൈയെ ഇങ്ങനെയും വലത് കൈ കൊണ്ട് ഇങ്ങനെയും അതല്ലാതെ ഇടത് കൈ കൊണ്ട് ഇതും ഇതും ഇങ്ങനെ രണ്ട് കൈകളെയും രണ്ട് കൈകളും കരതല പൃഷ്ടാഭ്യാം നമഹ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നും താഴെയായിട്ട് അതുപോലെ ഇങ്ങനെ മുൾ ഭാഗം കൊണ്ടും അടിഭാഗം കൊണ്ടും അടിഭാഗം കൊണ്ടും മുഗൾ ഭാഗം കൊണ്ടും രണ്ട് ഭാഗങ്ങളിലും നമ്മൾ എന്ത് ചെയ്തു ഇതാ ഇതിനെ പൂർണ്ണമായിട്ട് എന്താ ഇതിനെ മനസ്സിലായോ ഇടത് കൈയെടുത്ത് ഇങ്ങനെയും അതുപോലെ നമ്മൾ കൈ കഴുകാന്ന് അറിയല്ലോ എല്ലാം കൂടെ ഇടത് ഇങ്ങനെ അതിനെ ചിലർ പറയുന്ന എന്താണെന്നറിയോ ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ പുറം കൈ കൊണ്ടില്ല എന്നാ ചിലർ പറയുന്നു അടിഭാഗം കൊണ്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് സ്വാമി ഇത് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം എന്ന് പറയാം വളരെ എളുപ്പമായിട്ടുള്ളതാണ് ഇതാ ഇടത് കൈ എടുക്കുന്നു കാര്യം മനസ്സിലായോ രണ്ട് കൈകളെ കൊണ്ടും എല്ലാ കൈകളും പരസ്പരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അതിനകത്ത് ചെയ്യുന്നു എന്ന് പറയാം നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച ദിവ്യങ്ങളായിട്ടുള്ള അനേകം ആകൃതികളോടുകൂടിയിട്ടുള്ള ആ ഭഗവാൻ്റെ വിശ്വരൂപത്തെ നമ്മൾ എല്ലാ എന്താ പറയുക ആകെ മൊത്തം അതിനെ പൂർണ്ണമായിട്ട് അതുകൊണ്ട് അതിനെ എന്താ പറയുക ആവാഹിച്ചു അല്ലെങ്കിൽ അതിൽ നമ്മൾ പ്രതിഷ്ഠിച്ചു എന്ന് പറയുക ഇങ്ങനെ ഇനി അടുത്തതാണ് ഹൃദയന്യാസം മനസ്സിലായി ആദ്യം വേദവ്യാസൻ പിന്നെ സ് പിന്നെ ഹൃദയം പിന്നെ ബീജം ശക്തി പിന്നെ ഖരത്തിൽ കീലകം കാലുകൾ പിന്നെ ഖരത്തിലെ ന്യാസം ഓരോരോ വിരലുകൾ അത് കഴിഞ്ഞ് പൂർണ്ണമായി ഇനി ഹൃദയാദി അതാ ഹൃദയാദിന്യാസം നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ഇതി ഹൃദയായൈ നമഹ ആ അതെ ഇത് ഹൃദയായ നമഹ എന്നുള്ളത് ഇത് ഇതുപോലെ തന്നെ മുഷ്ടി ചുരുട്ടിയിട്ട് എന്താ ഹൃദയം ഹൃദയമുദ്ര എന്നൊക്കെ പറയും മുഷ്ടി ചുരുട്ടിയിട്ട് ഇടത് നെഞ്ചിൻ്റെ താഴെയായിട്ടാണ് അത്ര ഹൃദയായ നമ നമ്മുടെ ഇടത് നെഞ്ചിൻ്റെ താഴെയായിട്ട് നൈനം ചിന്തന്തി ശാസ്ത്രാണി നൈനം ദഹതി പാവകഹ ഇതി ഹൃദയായ നമഹ അടുത്തത് നജൈനം ഇതൊക്കെ പറഞ്ഞു തരുന്നു നിങ്ങൾ ഓർമ്മയോടുകൂടിയിട്ട് ചെയ്തോളാം ഹൃദയായി നമഹ എന്ന് ഇടത് നെഞ്ചിന്റെ താഴെയായിട്ട് ഇനി നജൈനം ക്ലേദയന് ത്യാബോ നശോഷയതി മാരുതഹ ഇതി ശിരസേ സ്വാഹ ചൊല്ലാം നമുക്ക് നജൈനം ക്ലേദയന് ത്യാപോ ന ശോഷയതി മാരുത ഇതി ശിരസേ സ്വാഹ ഇത് ശിരസേ സ്വാഹ എന്ന് പറഞ്ഞാൽ അതെ തള്ളവിരൽ ചൂണ്ടുവിരൽ ഇങ്ങനെ തള്ളവിരലും ചൂണ്ടുവിരലും പിടിച്ചു കഴിഞ്ഞാൽ മറ്റേ മൂന്ന് വിരല് മൂന്ന് വിരലുകൾ ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഈ ഇത് ഇങ്ങനെ എടുത്തിട്ട് എന്താ ഈ ഭാഗത്തെ നമ്മുടെ ശിര മുടി ആരംഭിക്കുന്ന ഭാഗമുണ്ടല്ലോ കഷണ്ടിയുള്ളവരാണ് ഇപ്പോൾ മുകളിലേക്ക് പോകേണ്ടത് പണ്ട് എവിടുന്നായിരുന്നു മുടി ആരംഭിച്ചത് അവിടെ ചിലപ്പോൾ അവരും ആയിരിക്കും മുടിയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ മൊത്തം പോയിട്ടിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട് പണ്ട് കുട്ടിക്കാലത്ത് ഏകദേശം ഒന്ന് ഓർക്കാം പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ ആയിരിക്കാം നെറ്റിയുടെ ഇവിടെ ഇവിടെയാണത് ആരംഭിക്കുന്നത് എന്ന് പറയാം ശിരസേ സ്വാഹ മൂന്ന് മൂന്ന് വിരലുകൾ ഇതെങ്ങനെ മുകളിലേക്ക് വരും ശിരസേ സ്വാഹ ഈ ഭാഗം ഈ ഇതാണ് നമ്മൾ ശിരസില് തുടങ്ങുന്നത് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാവും മുകളിലേക്ക് നമ്മുടെ ഈ എസ് എൽ വി ഒക്കെ നിൽക്കുന്നത് പോലെ ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചോളൂ ഇങ്ങനെ ശിരസേ സ്വാഹ ശിരസിൽ എന്താണ് നോക്കൂ ശ്ലോകം നോക്കൂ ഏതാണെന്ന് ശിരസേ ന ചൈനം ക്ലേദയന് ദ് ന ശോഷയതി മാരുത രണ്ടാം അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് ഇത് ഇതന്നെയാണ് നേരത്തെ നമ്മൾ ചൊല്ലിയിട്ടുള്ളത് ശിരസേ സ്വാഹ ആ തുടർന്ന് അച്ചേദ്യോയ മദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച്ച ഇത് ശികായൈ വഷട്ട് ശികായൈ വഷട്ട് എന്നുള്ളത് നമ്മള് ഈ മുദ്ര കണ്ടുണ്ടോ ഇത് ഈ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ശിരസ് ഈ വാല് ഇത് ശികായൈ വഷട്ട് ശികയുടെ ഒരു ശികയെ പ്രതിനിധാനം ചെയ്യുന്ന ഈവരിൽ ഇങ്ങനെ തലയിൽ വയ്ക്കുക അപ്പം എന്താണ് പിറകിലേക്ക് ശികയുള്ളതുപോലെ ആ സങ്കല്പത്തിൽ ശികായ വഷട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തായി വഷട്ട് എന്ന് പറഞ്ഞാൽ അതൊന്ന് ഓർമ്മ ഓർമ്മയിൽ വയ്ക്കുന്നത് നല്ലതാണ് പറയണു നമ സ്വാഹ സ്വധ വഷഡ്ച്ച വൗഷഡ് ഹുംഫട്ട് ഇതി സർവേ നമോർഥായ പ്രയുജ്യത ബ്രഹ്മവാദിഗിരി ബ്രഹ്മവാദിബിഹി ബ്രഹ്മവാദികൾ ബ്രഹ്മത്തെ സംബന് ബ്രഹ്മത്തെ എന്താ ബ്രഹ്മത്തെ സംബന്ധിച്ച് ആ ബ്രഹ്മപൂജനം നടത്തുന്ന അല്ലെങ്കിൽ ആ സത്യ മാർഗത്തിലേക്ക് ആ സത്യവിചാരം ചെയ്യുന്ന സാധകന്മാർ ബ്രഹ്മത്തിന് ഈ എന്താ നമഹ സ്വാഹ പിന്നെ സ്വത വഷട്ട് പൗഷട്ട് ഹുംഫട്ട് ഇതൊക്കെ നമോ നമസ്കാരം എന്ന അർത്ഥത്തെ ധ്വനിപ്പിക്കുന്നു എന്നാണ് ഓരോ സമയത്ത് ഓരോ പ്രകാരത്തിലാണ് അത് ചെയ്യുക ഹുംഫട്ട് പിന്നെ നമ വൗഷഡ് സ്വാഹ സ്വധ ഇതൊക്കെ അവസാന ഭാഗത്ത് പറയും ഇതൊക്കെ എന്താണ് നമ എന്നുള്ളതാണ് അപ്പം ശികായൈ വഷട്ട് ഇനി അടുത്തത് മനസ്സിലായല്ലോ എങ്ങനെയാണ് എന്നുള്ളത് ശികായൈ വഷട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതി വെച്ചോളൂ ഓർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്കത് അതിൻ്റെ ശരിയായ നാമം അതിൻ്റെ ശരിയായ മുദ്ര മനസ്സിലാക്കിയിട്ട് ആ മുദ്ര എഴുതി വെച്ചോളൂ ഒപ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതി വയ്ക്കുന്നത് നല്ലതാണ് ഒരു അമ്മ ഗീത നോട്ട് സ്വാമിക്ക് തന്നിരുന്നു പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഈ കരന്യാസവും അതിലുണ്ടായിരുന്നു അപ്പം അവരെഴുതി വെച്ചത് ഇതിന് ബ്രാക്കറ്റിൽ തംസപ്പ് മുദ്ര എന്നാണ് അപ്പൊ അത് അവരുടേതായിട്ടുള്ളൊരു അതെ അതെ അതായിരിക്കും എളുപ്പം എന്ന് പറയാം അപ്പൊ അങ്ങനെ ഒരു മുദ്ര ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല തംസപ്പ മുദ്ര ഇങ്ങനെ ഉണ്ടപ്പോ അവരത് എഴുതി വെച്ചു എന്ന് പറയാം ശരി തുടർന്ന് ആ നിത്യ സർവഗതാണു രജലോയം സനാതന ഇതി കവചായഹും മോതിരവിരൽ ചൂണ്ടുവിരൽ രണ്ട് കൈയും രണ്ട് കൈൻ്റെ മോതിരവിരലും ചൂണ്ടുവിരലും എടുത്തിട്ട് എന്താ ആ ക്ഷമിക്കണം പെരുവിരൽ പെരുവിരൽ മോതിരവിരലും പെരുവിരലും എടുത്തിട്ട് നമ്മളിങ്ങനെ തണു തണുക്കുമ്പം വിരലേ തണുപ്പ് മുതിര എന്നൊന്നും എഴുതി വയ്ക്കരുത് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇവിടുന്ന് തുടങ്ങി ഇവിടുന്ന് തുടങ്ങി നമ്മളിങ്ങനെ വരച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഇങ്ങനെ വരയ്ക്കലാണ് ഈ ശ്ലോകം ചൊല്ലിയിട്ട് ഇതിനെങ്ങനെ വരയ്ക്കുന്നു മനസ്സിലായി എന്താണ് നിത്യ സർവഗതസ്ഥാണു രജലോയം സനാതന ഇതി കവചായഹും ഇത്രയും ചെയ്യാന്ന് പറയാം പശ്യമേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശ ഇതി നേത്രയായ വൗഷട്ട് അപ്പോൾ വൗഷട്ട് എന്നുള്ളത് വന്നു അപ്പൊ നേത്രയ നേത്രയം നേത്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മുദ്ര മൂന്ന് വിരലുകൾ ഈ മൂന്ന് വിരലുകൾ ഈ രണ്ട് വിരലുകൊണ്ട് നമ്മൾ രണ്ട് കണ്ണുകളെ തൊട്ട് അതുപോലെ മൂന്നാമത്തെ വിരലുകൊണ്ട് നമ്മളെ കൃത്യം എന്താ ആ പൊട്ടു തൊടുന്നെടുത്ത് വരും നേത്രയായ നേത്രയം മൂന്ന് നേത്രങ്ങൾ ഒന്ന് ജ്ഞാന നേത്രം അതിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള ഇതിൽ നേത്രയം എന്ന് പറയും നേത്രയായ ഓഷട്ട് ഈ മന്ത്രം ചൊല് ചെയ്യും നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച ഇത് അസ്ത്രായ ഭട്ട് അസ്ത്രായ ഫട്ട് എന്നുള്ളത് എങ്ങനെയാണ് അസ്ത്രായ ഭട്ട് എന്നുള്ളത് അതായത് ചിന്മുദ്ര ചിന്മുദ്ര ഉണ്ടല്ലോ ചിന്മുദ്ര കൊണ്ട് രണ്ട് കൈകളെ കൊണ്ടും രണ്ട് കൈകളെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഈ കരന്യാസം എന്ന് പറഞ്ഞാൽ രണ്ട് കൈകളെ കൊണ്ടാണ് എല്ലാ മുദ്രകളും ചെയ്യുന്നത് അതിൽ ഈ എന്താ പറയുക ഈ ഋഷി ഇതും ഇങ്ങനെയുള്ളതൊക്കെ ഒരു കൈ ഉള്ളു ബാക്കിയുള്ളതൊക്കെ രണ്ട് കൈകളെ കൊണ്ടാണ് അപ്പം രണ്ട് കൈ ഇങ്ങനെ മുൻപിലേക്കായിട്ട് തിരക്കാണ് ആളുടെ നോക്കുക എന്നിട്ട് നമ്മൾ ഹിന്ദിയിൽ പാ എഴുതുന്നത് കണ്ടിട്ടില്ലേ ിന്ദിയില് പായെഴുത ഇങ്ങനെ ഇങ്ങനെ ഇതാണ് അതായത് രണ്ട് കൈ കൊണ്ട് ഇത് നല്ലൊരു ഇതാണ് എന്താ എക്സസൈസും കൂടിയാണ് ബ്രെയിൻ ജിം എന്ന് പറയും മാനേജ്മെന്റിൽ വരും ഇതാണ് പായി മുകളിൽ വരയുണ്ടാവില്ല വരയില്ലാത്ത പായാണ് നേരെ നേരെ പക്ഷെ സ്വാമിക്ക് ഇവിടെ മൈക്കുള്ളത് കൊണ്ടാണ് പൊക്കി പിടിച്ചത് മനസ്സിലായി വളരെ എളുപ്പമാണ് ഒരു ആകാശത്തിലൊരു രണ്ടു പാവ വരച്ചോളൂ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴേ അത് നമ്മൾ വിചാരിക്കാം അങ്ങനെ എന്താ പറയാ ചെയ്യാം അതെ ഇങ്ങനെയല്ല അത് സ്കൂളിൽ പറക്കാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് ചിന്മുദ്ര ചിന്മുദ്രയ്ക്ക് ഒരാള് ആ നോട്ടിൽ ആ തന്നെ നോട്ടിൽ എഴുതി വെച്ചത് മൂക്കുപ്പൊടി മുദ്ര ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തതുകൊണ്ട് മൂക്കുപ്പൊടി എടുക്കുന്നത് ഇങ്ങനെയാണ് അത്ര മൂക്കുപ്പൊടി മുദ്ര അപ്പൊ ചിന്മുദ്ര കൊണ്ട് അസ്ത്രായ അസ്ത്രായ ഫ് ഇതാണ് എന്താണ് കരന്യാസം ഇനിയാണ് ധ്യാനശ്ലോകം ചൊല്ലേണ്ടത് ഇനിയാണ് ധ്യാനശ്ലോകം അപ്പൊ നമുക്ക് ധ്യാനശ്ലോകം ചൊല്ലാം ഒരുമിച്ച് ഓ പാർ പ്രതിബോധിത സ്വയം വ്യാസേന ഗ്രചിത പുരാണമു മതേ മഹാഭാരതം അദ്വൈതാംവർഷിണീ ഭഗവീ അഷ്ടാദാധ്യംബ ം അനുസന്ദമി ഭഗവത്ഗീതേഷ നമോസ്തുവ്യാ സശാലുദ്ധേവിന്യത പത്രേത്രയാ ഭാരതക ിജാതേത്രൈത പാണേ ജ്ഞാനമുദ്രാ കൃഷ്ണേ സർവോപനിഷദോ ഗാഗോ ദുർഭാഗോ പാലനന്ദന പാർ വൽസുധീർഭോക്ത മൃതം മോദ വസുദേവസുതൂരമർദനം രേവീ പരമാനന്ദം വന്ദേ ജഗദ്ഗുരു ക്ഷദ്രോണതടാജലീലോക ച സരോജമലം വേദാർത്ഥിന്ധൂം ആരാധാനേശ േ സജ്ജന സത്പൈരഹര പ്രിയം മുത ി നമുക്ക് ഗീത അഷ്ടോത്തര ശതനാമാവലി ഭഗവത്ഗീതയെ സംബന്ധിക്കുന്ന 108 നാമങ്ങൾ ഭഗവത്ഗീതയെ സംബന്ധിക്കുന്ന നൂറ്റിയെട്ട് നാമങ്ങൾ വേറെയും കാണാം വേറെ നോർത്തിൽ വേറൊരു ഇതുപോലെ കണ്ടിരുന്നു ഇത് തേജോമാനന്ദ സ്വാമികളാണ് ഈ അഷ്ടോത്തരശതാമാവലി നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയാം ഓരോ സമയത്ത് ഓരോ ആചാര്യന്മാര് ഓരോന്ന് അതിൻ്റെ താത്പര്യത്തെ മുൻനിർത്തിയിട്ട് നിർമ്മിക്കുന്നു അപ്പൊ ഇതുവരെ ചെയ്തത് നമ്മൾ എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ ഇത് ഗീത ധ്യാനത്തിന് അല്ലെങ്കിൽ ഗീതയെ അനുസന്ധാനം ചെയ്യുന്ന ഒരാൾ അത്രയും ശ്രദ്ധയോടുകൂടി ഗീതാ പഠനത്തിന് ഇരിക്കുന്ന ഒരാ പണ്ട് കാലത്ത് ചെയ്തു വന്നിരുന്നതാ ഇതൊക്കെ ഇന്നതൊക്കെ മാറി അപ്പൊ നമ്മൾ ഇനിയിപ്പം ഇത് ഇതിനെ നിങ്ങളിതിൻ്റെ ആഴങ്ങളിലേക്ക് കൂടുതൽ പോകുന്നുവെങ്കിൽ മനസ്സിൻ്റെ ഒരു ശാന്തിക്കും അല്ലെങ്കിൽ അത്രയും ശ്രദ്ധയും മറ്റും കിട്ടുന്നതിനായിട്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം പക്ഷേ ആരെയാണ് ഏത് പ്രകാരത്തിലാണ് ഇതൊക്കെ അനുഗ്രഹിക്കുന്നത് എന്നറിയില്ല അതുകൊണ്ട് ചിലർക്കിത് ചിലർക്കിതൊരു എന്തായത് ഇപ്പം കുറേ സ്വാമി എന്തൊക്കെയോ കാണിച്ചു എന്തെങ്കിലും ആവട്ടെ ഈ ഞാൻ വന്നപ്പോൾ വിചാരിച്ചു എന്തൊക്കെയോ ഇവിടെ ആകെ ബഹളം ഉണ്ടാവുന്നു അങ്ങനെ അങ്ങനെയൊക്കെ എന്തെങ്കിലും വിചാരിച്ചുവെങ്കിൽ നമ്മളോട് ക്ഷമിക്കുക ഇത് തികച്ചും എന്താ മാനസികമായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് കരചരണത്തിലേക്ക് ആവാഹിക്കേണ്ടുന്നതാണ് അപ്പം അത് കഴിഞ്ഞാൽ ധ്യാനം ധ്യാനം കഴിഞ്ഞിട്ട് ഗീതാ പഠനം